ഭട്ടതിരിപ്പാട് തൊണ്ണൂറ് ദശകങ്ങൾ എഴുതിയപ്പോഴേക്കും കഥ പറഞ്ഞു കേൾത്തിരിക്കുന്നത് എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി വരാറായത് അപ്പൊ ഗുരുവായൂർ ഏകാദശിക്ക് ധാരാളം ഭക്തന്മാർ വരും പല ഭാഗത്തുനിന്ന് അപ്പൊ ഈ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ഭട്ടതിരിപ്പാടിനെ കാണാൻ ഇടവന്നാൽ പട്ടതിരിപ്പാടിനോട് ചോദിക്കാൻ ഇടയുണ്ട് എന്താ പട്ടതിരിപ്പാടെ കുറെ ദിവസായില്ലേ പുരുവാരപ്പിനെ ഭജിക്കണം അങ്ങേക്ക് ഈ ഭജനം ചെയ്തിട്ട് വാദരോഗത്തിനുമല്ല കുറവുമുണ്ടോ അല്ല ഉപശമനവും വന്നിട്ടുണ്ടോ സത്യസന്ധമായി ഒരു ഭക്തൻ ഉത്തരം പറയണം സത്യം പറഞ്ഞാൽ വാദരോഗത്തിന് യാതൊരു കുറവുമില്ല അപ്പൊ അവരും അറിയില്ലേ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നതിന് പകരം പല വൈദ്യന്മാരെയും പോയി കണ്ടാ പോരേ എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങയിലുള്ള ഭക്തി കുറയും കാരണം ഇത്രയൊക്കെ ഗുരുവായൂരപ്പനെ ഉപാസിച്ചിട്ടും ഗുരുവായൂരപ്പൻ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഭക്തി കുറയും അതുകൊണ്ട് ഭഗവാനെ ഞാൻ നാരായണീയം ഉപസമരിപ്പിക്കുക എന്ന് നിശ്ചയിച്ചുത്രേ തൊണ്ണൂറാമത്തെ ദശകത്തിൽ നീ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായിരുന്നാണ് പട്ടതിരിപ്പാടെ അങ്ങയുടെ വാദരോഗം മാറണമെങ്കിൽ എനിക്ക് ഭാഗവതം മുഴുവൻ കേൾക്കണം പകുതി വെച്ച് നിർത്തിയാൽ എനിക്കിഷ്ടമല്ലേ ഇനിയുണ്ടല്ലോ ഭാഗവതത്തിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭക്തന് ഉദ്ധവർക്ക് വേറെ ഉപദേശം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെന്താ അങ്ങനെ ഭാഗവതമായിട്ട് അത് മുഴുവൻ കേട്ടതിന് ശേഷം ഞാൻ അങ്ങയുടെ കാരണം ഇപ്പൊ എനിക്ക് അങ്ങയുടെ വായിൽ നിന്ന് ഭാഗവതം കേൾക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് വാദരോഗം പിടിച്ചു നിർത്തിയിരിക്കുന്നത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഞാൻ വാദരോഗത്തിനിടയ്ക്കെങ്ങാനും മാറ്റിയാൽ അങ്ങ് നിർത്തിപ്പോവും പിന്നെ എനിക്ക് ഭാഗവതം കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് പട്ടതിരിപ്പാടെ ബാക്കിയുള്ളതും കൂടെ തുടർന്നെഴുതൂ എന്നുള്ള പ്രചോദനം അദ്ദേഹത്തിന് കിട്ടിയതിനു ശേഷമാണത്രേ പിറ്റേ ദിവസം തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകം ആരംഭിക്കുന്നത് ഈ തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകം ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം വിസ്തരിക്കുകയാണ് ഭാഗവതത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഏകാദശ സ്കന്ധം അത് മോക്ഷത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് എന്താണ് മുക്തി എന്താണ് മോക്ഷം ഭാരതീയരെ സംബന്ധിച്ച് മോക്ഷം എന്ന് പറയുന്നത് പലരും പല തരത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ചിലർക്ക് മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചുപോല മരിച്ചാൽ തന്നെ അവർക്കെന്തായി ഒരു വായുരപ്പാ മോക്ഷം തരണേ താക്കൾ മോക്ഷം കിട്ടി എങ്ങനെയെങ്കിലും ശരീരത്തിൽ നിന്ന് മുക്തമാവുന്നതിനെയാണ് അവര് മോക്ഷം എന്ന് പറയുക കാരണം ശരീരത്തിനെ സംബന്ധിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം ചിലവർക്ക് മോക്ഷം എന്ന് പറയുന്നത് ഭഗവാനെ മനസ്സിൽ കണ്ട് ആ ഭഗവാനിലേക്ക് ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭഗവാനിലേക്ക് ചേരുന്നത് ചിലവരെ സംബന്ധിച്ച് മോക്ഷം എന്ന് പറയുന്നത് എങ്ങോട്ടും പോകുന്നതും വരുന്നതുമല്ല മോക്ഷം പിന്നെയോ അവരെ സംബന്ധിച്ച് തന്റെ മനസ്സ് തന്റെ അന്തരാത്മാവിൽ തന്നെ പൂർണ്ണമായി ലയിക്കുന്നതാണ് മോക്ഷം അതവർക്ക് മരിക്കുമ്പോൾ കിട്ടുന്നതല്ലത് ഇവിടുന്ന് അവരുടെ മനസ്സ് ആ ഭഗവാനെ സ്മരിച്ച് സ്മരിച്ച് അന്തരാത്മാവായ ഭഗവാനെ സ്മരിച്ച് അതിൽ തന്നെ നിൽക്കണം ചുരുക്കി പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കുമ്പോഴേ മോക്ഷം കൈവരിച്ചവരാണ് അവരെയാണ് ജീവൻ മുക്തന്മാരുന്ന പ്രിയും അപ്രകാരമുള്ള മുക്തി സങ്കൽപ്പം നമ്മുടെ ഭാരതത്തിൽ പല നാട്ടിലുണ്ട് ഏതായാലും ഭട്ടതിരിപ്പാട് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തെ നമുക്ക് വളരെ ചുരുങ്ങിയ ശ്ലോകങ്ങളെക്കൊണ്ട് മനസ്സിലാക്കിത്തരുന്നു ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ രണ്ടുപദേശങ്ങളുണ്ട് ഒന്ന് നാരദ മഹർഷിയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവനും തമ്മിൽ ചെയ്യുന്ന ഉപദേശം അതിനെ പറയും നാരദ വസുദേവ സംവാദം രണ്ടാമത്തത് ശ്രീകൃഷ്ണ ഭഗവാനും പ്രിയങ്കരനായ ഭക്തനും നടത്തുന്ന ഉപദേശം അതിനെ പറയും ശ്രീകൃഷ്ണ ഉദ്ധവോപദേശം ഉദ്ധവോപദേശം എന്ന് പറയും അതിൽ നാരദമാർഷി വസുദേവർക്ക് ഉപദേശം കൊടുക്കുന്ന സന്ദർഭം യതുകുലത്തിന്റെ നാശത്തിന്റെ സമയത്താണ് യതുകുലം മുഴുവൻ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കും അദ്ദേഹത്തിന് സമാധാനവും സ്വസ്ഥതയും ഇല്ല ആർക്ക് വസുദേവർക്ക് ആ വസുദേവര് ഉറക്കം കിട്ടാതെ മനസ്സ് മുഴുവൻ അസ്വസ്ഥനായിട്ടിരിക്കുമ്പോഴാണ് നാരദമാഷി കടന്നു വരുന്നത് എന്നിട്ട് നാരദമാഷി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശത്തിൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യ മനസ്സിനെ എല്ലാ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മുക്തമാക്കുക എന്നുള്ള മാർഗം പറയുന്നു ആദ്യം തന്നെ ദുഃഖത്തിൽ നിന്നും മുക്തമാക്കാനുള്ള മാർഗം അത് പറയുകയാണ് ഒൻപത് യോഗീശ്വരന്മാർ നിമിക്ക് കൊടുത്ത ഉപദേശത്തിലൂടെ നാരദ മഹർഷി പറയുന്നത് എങ്ങനെയാണ് പണ്ട് നിമി എന്ന് പറയുന്ന ഒരു മഹാരാജാവ് യാഗം ചെയ്യുമ്പോൾ ആ യാഗഭൂമിയിൽ ഒൻപത് മഹാത്മാക്കൾ വന്നു എന്നാണ് നിങ്ങൾ നേരത്തെ ഋഷഭദേവന്റെ കഥ വായിച്ചപ്പോ മൂത്ത ഭരതനായിരുന്നു എന്നും പിന്നെയുള്ള മക്കളിൽ കവി ഹരി അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്ര ദ്രുവിള ചമസ ഇങ്ങനെ ഒൻപത് പേരുണ്ടായിരുന്നു പറഞ്ഞു ഒൻപത് യോഗീശ്വരന്മാര് നിമി മഹാരാജാവിന്റെ കൊട്ടാരത്തിലെത്തി അവർക്ക് കൊടുക്കുന്ന ഉപദേശം അതിവിടെ ഭാഗവതത്തിൽ പട്ടതിരിപ്പാട് വളരെ രസകരമായി ആവിഷ്കരിച്ചിരിക്കുന്നു ആദ്യത്തെ ചോദ്യം വസുദേവന്റെ ചോദ്യം ദുഃഖത്തിൽ നിന്ന് എങ്ങനെയാണ് മുക്തമാവ് എന്താ വഴി പറയുന്നു തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകം ശ്രീകൃഷ്ണൻ തൽപ്പതോപാസനമഭയതമം ദൃഷ്ടേ മർത്യർത്യസ്യ മന്യേ വ്യവസരതി ഭയം ഏന സർവാത്മനൈവത്തൽ പ്രണീതാനിഹവചനവിധീൻ ആസ്തിമാർഗാവൃതാക്ഷ സ്കലദിനകുഖിൽ ദേവദേവാഖിത്മൻ എന്താണ് ദുഃഖത്തിന് കാരണം നമ്മൾ ദുഃഖിക്കാനുള്ള കാരണമെന്താണ് വട്ടേപ്പാട് പറയുന്നു മർത്യർത്ഥ്യ ബദ്ധമിത്യാർത്ഥദൃഷ്ടെ മിത്യ അർത്ഥദൃഷ്ടെ എപ്പോഴും കൂടെയില്ലാത്ത വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും ഉണ്ടാകുന്ന ആകർഷണമാണ് നമ്മളെ അതിനോടുള്ള അഭിനിവേശമാണ് അതിനോടുള്ള അറ്റാച്ച്മെന്റാണ് നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത് ഇത് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചുറപ്പിക്കേണ്ടതാണ് ദുഃഖമെന്ന് പറയുമ്പോൾ പൊതുവെ നിങ്ങൾ എപ്പോഴാ ദുഃഖിക്കുക സ്വാമി നിലത്തിരിക്കുമ്പോൾ ദുഃഖിക്കും സ്ഥാനം ഒട്ട് വേദനിച്ചിട്ട് ഏ എപ്പോഴൊക്കെ നമ്മൾ ദുഃഖിക്കുക മനസ്സ് ഡിസ്റ്റേബ്ഡ് ആവുമ്പോൾ ദുഃഖിക്കും അതെന്നെയല്ലേ ദുഃഖം മനസ്സ് ഡിസ്റ്റേബിഡ് ആവുന്ന ദുഃഖം പീസ്ഫുൾ ആയിട്ടുള്ള മനസ്സിനെ ദുഃഖമുള്ളത് അപ്പൊ എപ്പോഴാണ് മനസ്സ് ഡിസ്റ്റേബ്ഡ് ആവുന്നത് ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോ നമ്മൾ ദുഃഖിക്കും പൊതുവെ നിങ്ങൾ ദുഃഖിക്കുക രണ്ട് സന്ദർഭങ്ങളില്ല ദുഃഖിക്കുക തളരുക രണ്ട് സന്ദർഭങ്ങളില്ല ഒന്ന് നാം ആഗ്രഹിച്ച കാര്യം കിട്ടാതെ വരുമ്പോൾ അതിന്റെ മറ്റൊരു രീതി പറഞ്ഞാൽ നമുക്കെന്തോ നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ വരുമ്പോൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ പറഞ്ഞാൽ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു രണ്ടാമത്തത് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അപ്പോഴേ ദുഃഖം വന്നു മനസ്സിലായില്ലേ നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് കേട്ടാൽ തന്നെ ദുഃഖമായി നിങ്ങൾ വേണ്ട വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് കേട്ടാൽ തന്നെ എന്തായി ദുഃഖായി എന്തുകൊണ്ടാണ് ദുഃഖം വന്നത് അയാൾ എനിക്ക് നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുവോ നഷ്ടപ്പെടുമോ എന്നുള്ളത് വീണ്ടും നിങ്ങൾ എപ്പോഴാണ് ദുഃഖിക്കുക അയാളോ അല്ലെങ്കിൽ അതോ നഷ്ടപ്പെട്ടു ൾക്കുമ്പോ അതുവരെ അവരറിയാത്തൊടത്തോളം കാലം അവർക്ക് ദുഃഖമില്ല ഇപ്പൊ നമ്മളൊരു നഷ്ടത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ പേഴ്സുണ്ടോ എന്ന് അല്ലെ മൊബൈൽ ഫോൺ അതാണ് വേഗം നല്ലത് അപ്പോഴേക്കും നിങ്ങൾ തപ്പാൻ തുടങ്ങും എവിടെ കുന്തം അല്ലേ കാരണം മനുഷ്യനേക്കാളും വിലപിടിച്ച സാധനമാണ് നമ്മുടെ തലം മുഴുവൻ അതിന്റെ അകത്താണ് കാരണം ഇപ്പൊ ഒരാളെ വിളിക്കണമെങ്കിൽ അതിൽ നോക്കണം അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കാരണം അയാളുടെ നമ്പറും ഡീറ്റെയിൽസ് അതിൻ്റെ അകത്താറുള്ളത് സത്യതാണ് കുട്ടി പോയാലും കുഴപ്പമില്ല പെട്ടിപ്പോരുത് പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കാര്യം അവസ്ഥ അങ്ങനെ അപ്പോ ഒരു വസ്തുവിന്റെ നഷ്ടബോധം നമ്മളെ തളർത്തും നഷ്ടബോധം നഷ്ടം ഉണ്ടായതിനെക്കുറിച്ചുള്ള അറിവ് നമ്മളെ തളർത്തും അപ്പൊ നിങ്ങൾക്ക് തളരാതിരിക്കണമെങ്കിലോ ഒന്നിനെക്കുറിച്ചും നിങ്ങൾ അറിയരുത് ഓ എത്ര നന്നായിരിക്കും അത് ഒന്നും നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ എത്ര സുഖമായിരിക്കും ദുഃഖണ്ടോ പരമസുഖല്ലേ ഈശ്വരൻ അങ്ങനെ ഒരു കഴിവ് നമുക്ക് തന്നിരുന്നെങ്കിൽ അല്ലേ സാധ്യമാണോ അത് ഒന്നും അറിയാതിരിക്കണമെങ്കിൽ എപ്പോഴും അത് സാധ്യല്ല പിന്നെ എങ്ങനെ നമ്മൾ ദുഃഖിക്കാതെ ജീവിക്കും സാധ്യമാണോ ദുഃഖിക്കാതെ ജീവിക്കൽ സാധ്യമാണോ ഒരു സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ സാധ്യല്ല എന്നാൽ ഭാഗവതം പറയുന്നു സാധ്യമാണ് അതെന്തുകൊണ്ട് സാധ്യമാണ് നിങ്ങൾ ദുഃഖിക്കുന്നത് നഷ്ടപ്പെടാൻ പോകുന്ന വസ്തുവിനെക്കുറിച്ചോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വസ്തുവിനെക്കുറിച്ചാണോ എന്നാൽ നിങ്ങൾ അറിയാൻ സാധിക്കുക നിങ്ങൾ അറിയാൻ ശ്രമിക്കേണ്ടത് നഷ്ടപ്പെടാത്ത നിങ്ങളുടെ കൂടെയുണ്ട് എന്നറിഞ്ഞാലോ എപ്പോഴും നഷ്ടപ്പെടാത്തൊരു സാധനം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അറിഞ്ഞാലോ ദുഃഖിക്കേണ്ടതുണ്ടോ ഇല്ല നിങ്ങൾക്ക് നാളെ ഓക്സിജൻ കിട്ടും എന്നുള്ള കാര്യത്തിൽ ദുഃഖമുണ്ടോ ഒന്ന് നമ്മളാരും ദുഃഖിക്കാറില്ല കാരണം അത്ര ഉറപ്പുണ്ട് നമുക്ക് നാളെയും ശ്വസിക്കാനുള്ള വായി കിട്ടുന്നു ഇതുപോലെ നമുക്ക് അത്ര ഉറപ്പുള്ളൊരു സാധനം നിങ്ങളുടെ കൂടെ ഉറപ്പ് വന്നാലോ പിന്നെ ദുഃഖിക്കേണ്ടതുണ്ടോ അതേതാണ് അങ്ങനെ സാധനം സാധനം ഇതുവരെ എന്റെ കൂടെ അങ്ങനെ സാധനം കണ്ടിട്ടില്ല ഹാർട്ട് പോവുന്നാണ് ഡോക്ടർമാര് പറയുന്നത് കിഡ്നി ചട്ണിയാവുന്ന അവർ പറയുന്നത് ലങ്സുകളൊക്കെ പോകുന്നപ്പൊ അവര് പറയുന്നത് ഇനിയിപ്പോ ഏതാ എന്റെ കൂടെ നഷ്ടപ്പെടാത്തതായിട്ടുള്ളത് ഒന്ന് പറയുന്നു ഒന്നുണ്ട് അതേതാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യം അതിനെ തന്നെയാണ് ശ്രീകൃഷ്ണ അത് ആര് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണ തൊൽപദോപാസനമഭയതമം ബദ്ധമിത്യാർത്ഥദൃഷ്ടേ നർത്യസ്യാർത്യസ്യമന്യേതരിവയം ഏന സർവാത്മനീവാ ശ്രദ്ധിക്കണേ സർവാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ പാദത്തെ ആരാണോ കൂടെയുണ്ടെന്ന ബോധത്തിൽ ജീവിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ദുഃഖത്തിന് ഇന്റൻസിറ്റി കൂട് നാം ഒറ്റപ്പെടുമ്പോഴാണ് കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിലോ ആ ദുഃഖത്തിന്റെ കാഠിന്യം കുറയും കൂടുതൽ ആളുണ്ടെങ്കിലോ ദുഃഖത്തിന്റെ കാഠിന്യം കുറയും കൂടി കുറയും അതങ്ങനെ എണ്ണപ്പോഴും പിന്നെ വേറെ ചിലരൊക്കെ ഉണ്ട് അവരെ പ്രത്യേകത വെച്ചാൽ ആള് കൂടുന്തോറും ദുഃഖത്തിന്റെ കാഠിന്യം കുറയും പക്ഷെ കരച്ചിന്റെ കാഠിന്യം കൂടും കാരണം അത്രയും ആൾക്കാർ കേൾക്കണമല്ലോ ആ റേഞ്ചിലെത്തണം ഒറ്റക്കാവുമ്പോൾ അങ്ങനെ കരയില്ല ആര് കേൾക്കാൻ അതുകൊണ്ട് അപ്പ അവര് സൈലന്റാണ് ചില കുട്ടികളെയൊക്കെ കാണാം നിങ്ങൾക്ക് ഒരു വീട്ടിലൊരു കുട്ടി അമ്മ ിൽ പോയി അച്ഛൻ ഓഫീസിൽ പോയി സാറ്റർഡേയാണ് ബാങ്കുണ്ട് അച്ഛന് അമ്മയ്ക്കും ഓഫീസുണ്ട് ഉച്ചവരെ ഇവൻ രാവിലെ പലഹാരാന്വേഷണം നടത്തി അങ്ങനെ വീടിന് അടുക്കളയിലൊക്കെ കയറി ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു കുപ്പി താഴെ വീണു കാലിന്റെ മുകളിൽ വീണു മുറിഞ്ഞു അടുത്ത വീട്ടിൽ അങ്കിൾ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊണ്ടുവന്നു ഒരു തുള്ളി കണ്ണുനിരും വൈകുന്നേരം അമ്മ വന്നതും തുടങ്ങി ക്യാട്ട് എന്തിനാടാ നീ അലർന്നത് പറഞ്ഞു കാലം തുട എപ്പോഴാ പറഞ്ഞത് രാവിലെ ഇല്ലേ പറഞ്ഞത് അതെ എന്നിട്ട് അപ്പൊ കറിഞ്ഞില്ല ഇനി ഇല്ലാന്ന് അതെന്താണ് ആരും ഉണ്ടായിരുന്നില്ല എന്ന് അമ്മയെ അസലോട്ട് കേൾക്കാൻ ഇവൺ മരിച്ചു വീട്ടിൽ നിങ്ങൾ പോയി നോക്കൂ ആരുമില്ലെങ്കിൽ അവർക്കറിയില്ല നിങ്ങളെ കണ്ട ആടങ്ങവര് പോയി എന്റെ ആള് പോയി എന്ന് പറഞ്ഞിട്ട് ഇനി ആരാ എനിക്കുള്ളത് എന്ന് വളരെ ശ്രദ്ധിക്കണം ചെറുപ്പക്കാർ പോകുമ്പോൾ ഇങ്ങനെയാണ് എനിക്കുള്ളതെന്ന് അപ്പിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ആര് നഷ്ടപ്പെടില്ല ഉള്ളിലൊരു ചൈതന്യം അത് തന്നെയാണ് ശ്രീകൃഷ്ണനുള്ള സർവാത്മനേവ എല്ലാവരുടെയും ആത്മാവായ കൃഷ്ണൻ അത് നഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നത് എൽ താവൽ തൽപ്രണീതാനിഹപജനവിനും ആസ്തിതോമോഹമാർഗൈ ആരാണോ ആ ഗുരുവായൂരപ്പനെ പ്രണീതാനിക ഭജനവിധിയും സന്തോഷിപ്പിക്കുന്നത് എങ്ങനെ ഭജനവിധിയും നിരന്തരമായ ഭജനത്തിലൂടെ ഭഗവാനെ സന്തോഷിപ്പിച്ച കൂടെയുണ്ടെന്ന് ഉറപ്പിക്കുന്നത് ആസ്തിതോമോ ആസ്തിതോമോഹമാർഗൈ അവർക്ക് പിന്നെതുണ്ടാവില്ല തെറ്റിദ്ധാരണ ഉണ്ടാവില്ല നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരാളുണ്ട് എന്ന് ഉറപ്പുവന്നാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവില്ല ഉണ്ടാവോ നിങ്ങളുടെ വീട്ടിലെപ്പോഴും ഒരാളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് വീട്ടിലൊരാളുണ്ട് അപ്പൊ എപ്പം വീട്ടിൽ ചെന്നാലും ഭക്ഷണത്തിനൊന്നും പ്രയാസമില്ല കാരണം ജോലിക്കായി വീട്ടിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ആളുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ധൈര്യമാണ് വീട്ടിൽ ചെല്ല അല്ലേ കാരണം വീട്ടിലെപ്പോഴും ഒരാളുണ്ട് വീട്ടിലാളില്ലെങ്കിലാണ് നമുക്ക് ഒറ്റയ്ക്ക് ഓഫീസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഇനിയും തുടങ്ങണമല്ലോ ഈശ്വര അടുക്കളപ്പണി അത് തുടങ്ങണം ഇത് തുടങ്ങണം അങ്ങനെ ഓരോരോ ചിന്തകൾ നമ്മളെ മനസ്സിനെ തളർത്തുന്നത് ഇതുപോലെ എപ്പോഴും കൂടെ ഭഗവാനുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ തളരേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ എന്നിട്ട് പറയുന്നു ഇത് ഉറപ്പ് നേടിക്കഴിഞ്ഞാൽ ധാവൻ അഭി നിങ്ങൾ ഒളിമ്പിക്സിൽ പോയി ഓടിക്കോളൂ അഭി ഓടിക്കോളൂ പറയുന്നു ദേവദേവഗിലാത്മൻ പിന്നീട് ഒരിക്കലും അയാൾ സ്കലതിന് വഴിതെറ്റി വീഴില്ല കാലതെറ്റി വീഴില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥം പിന്നെ മാനസികമായി ഒരിക്കലും തളരേണ്ടതില്ല അപ്പൊ നിങ്ങൾ ഒരു അംശമെങ്കിലും തളരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കൂടെ ഭഗവാനുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചിട്ടില്ല ഉറപ്പിക്കാത്തവരെ തളരുകയുള്ളൂ ഭക്തി നമ്മളെ തളർത്തുന്നതല്ല ഭക്തി നമ്മളെ ഉയർത്തുന്നതാണ് അതിനെന്ത് വേണം നിങ്ങൾ വിഗ്രഹത്തെ കാണണം പക്ഷേ ആത്മാവാണെന്ന് ഉറപ്പിക്കണം കാണൽ മുന്നിൽ കണ്ടോളൂ പക്ഷെ ഉറപ്പിക്കേണ്ടത് ആത്മാവ് തന്നെയാണ് എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് തന്നെയാണ് അര് ഞാൻ കാണുന്ന നിശേഷം ആത്മാനമേനം ഇത് ഉറപ്പിക്കണം പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളത് ഉണ്ടോ ഇത് ഉറപ്പിക്കാൻ സാധിച്ച ഒരാൾക്ക് പ്രശ്നമുണ്ടോ ചിന്തിക്കുക നിങ്ങൾ ഉണ്ടോ എളുപ്പമല്ലത് കാരണം ബാക്കി എന്തൊക്കെ ഉറപ്പിക്കാൻ സാധിച്ചാലും ഇതങ്ങനെ നമ്മൾ ഉറപ്പിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ നമ്മളിങ്ങനെയല്ല പഠിച്ചു വന്നത് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് ഒരു ഗുരുവായൂരപ്പൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നുള്ളതാണ് അങ്ങനെ നമ്മളൊരു അന്തമായി ഒരു വിഗ്രഹാരാധനയിൽ കുരുങ്ങിപ്പോയി ആ വിഗ്രഹത്തെ കാണണം ആത്മാവാണെന്ന് ഉറപ്പിക്കണം ഇത് നമ്മൾ കുട്ടിക്കാലത്തെ പരിശീലിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ആരുണ്ടാകുമായിരുന്നു ഗുരുവായൂരപ്പൻ ഉണ്ടാവുമായിരുന്നു ശ്രദ്ധിക്കേണ്ടോ ഇതങ്ങനെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ രസമല്ലേ പിന്നെ മുതലെങ്കിലും നമ്മൾ ചിന്തിക്കുക എന്ത് നാം ഒറ്റയ്ക്കല്ല എന്റെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട് ഭഗവാനുണ്ട് ഇതിങ്ങനെ പറഞ്ഞു നടക്കുക എല്ലാവരോടും പറയണ്ട ഭർത്താവ് ടൂറ് പോയിരിക്കുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കാണ് വീട്ടില് നിങ്ങൾ പേടിക്കേണ്ട എന്റെ കൂടെ ഒരാളുണ്ട് എന്ന് അല്ല പിന്നെ വേറെ അന്വേഷണം നടത്തും ചെറുപ്പക്കാരാണെങ്കിൽ അല്ലേ ശരിയാണ് അത് നമ്മൾ ഉള്ളിൽ ഉറപ്പിച്ചാൽ മതി കൂടെ ഭഗവാനുണ്ട് ഭഗവാനുണ്ട് നാട്ടുകാരോട് പറഞ്ഞ നടക്കേണ്ട ആവശ്യമില്ല ആ അപകടമാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഇപ്രകാരം ശ്രീകൃഷ്ണതൽപഥോപാസനമഭയതമം ബദ്ധമിത്യാർത്ഥദൃഷ്ടേത്യസ്ത്യസ്യമന്യേ വ്യപസരതിപയം മേര സർവാത്മനൈവ എൽ പ്രണീതാനിഹ വനവിധി മോഹമാർഗൈ ദാവൻ അഭി ആവൃതാക്ഷകലിനകതിൽ ദേവദേവാഖിലാത്മൻ ഇപ്രകാരം പറഞ്ഞു ഇനി പറയാൻ എങ്ങനെയാണ് നമ്മൾ ആ ഭഗവാനെ ആത്മാവായി ഉറപ്പിക്കുക അതിനെന്താ വഴി ഭൂമൻ കായന വാചാ മുഹുരഭിമനസൊൽഫല പ്രേരിതാത്മാദ്യൽക്കുറവേ സമസ്തം അധികരതരെ തൊയ്യസൗ അർപ്പമീ ജാത്യാപീഹാക ത്ൊയ്നിഹിതമന കർമ്മവാർ പ്രാണോ വിശം പുനീദേ ഈ ശ്ലോകം നിങ്ങൾ പ്രസിദ്ധമായൊരു ശ്ലോകത്തെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചൊല്ലുന്ന മന്ത്രമാണ് ഏതാണത്യ ബുദ്ധ്യാത്മനാവ പ്രകൃതി സമർപ്പയാമി എന്ന ഭാഗവത ശ്ലോകത്തിന്റെ മറ്റൊരു ആവിഷ്കാരമാണ് പട്ടതിരിപ്പാട് പറയുന്നത് എങ്ങനെയാണ് ഈ ശ്ലോകത്തെ മനസ്സിലാക്കേണ്ടത് ഭൂമൻ ൂമൻ എന്ന് പറഞ്ഞാൽ മനസ്സിനും ഭൂമി നമ്മുടെ മനസ്സാണ് ഭൂമൻ മനസ്സിനും ഈശ്വരനായിരിക്കുന്ന തന്റെ തന്നെ അന്തരാത്മാവായ ചൈതന്യത്തെയാണ് എന്ത് വിളിക്കുന്നത് ഭൂമൻ കായേണ കായെന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് മുഹുരവി മനസ്സ തൊൽബലപ്രേരിതാത്മാ അങ്ങയാൽ പ്രേരിതനായിക്കൊണ്ട് അങ്ങയുടെ കാരുണ്യം കൊണ്ട് സാന്നിധ്യം കൊണ്ട് എത് ഏത് കുറവെ സമസ്തം അപ്പയാമി എന്തെല്ലാം എന്തെല്ലാം ചെയ്തു ഞാൻ അതെല്ലാം അങ്ങയിൽ തന്നെ അർപ്പിക്കുന്നു ആരിൽ അർപ്പിക്കുന്നു ആരിലർപ്പിക്കുന്നു ഏത് ഭഗവാൻ അർപ്പിക്കുന്നു അത് നമ്മൾ തെറ്റിക്കരുത് നമ്മുടെ തന്നെ ത്മാവായിരിക്കുന്ന ഭഗവാൻ അർപ്പിക്കുന്നു അപ്പൊ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനിൽ അർപ്പിക്കണം ചോദിക്കേണ്ട ഒരു ചോദ്യം നിങ്ങളൊരു പ്രവൃത്തി ഭഗവാൻ അർപ്പിക്കുന്നുണ്ടോ എന്ന് ഇങ്ങനെ അറിയാം നിങ്ങളൊരു ഒരു കൊല്ല പഴം വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് അർപ്പിക്കണോ എന്നുള്ളത് കാണ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി നിങ്ങളെന്നെ കൊണ്ടുവച്ചതെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അതും നമ്മൾ വിദ്വാമാനല്ലേ നമുക്കുണ്ടാക്കാൻ പറ്റില്ല ശരിക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാ ഇപ്പൊ നമ്മൾ ആരോ ഉണ്ടാക്കിയത് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുക്കുന്ന ഏർപ്പാടാണ് പോട്ടെ അതെന്താവട്ടെ അപ്പൊ നമ്മളൊരു പ്രവൃത്തി ഭഗവാൻ ഹൗ ഡു യു നോ ദാറ്റ് എങ്ങനെ അറിയാൻ പറ്റും നമുക്കത് നിങ്ങൾക്ക് വന്നാൽ മനസ്സിലാക്കാൻ മെഷീനുണ്ട് അല്ലേ സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ നോക്കിക്കൊണ്ടൊക്കെ മനസ്സിലാക്കാം എന്ത് അസുഖവും നമുക്ക് കണ്ടുപിടിക്കാൻ മെഷീൻ ഉണ്ട് ഈ അർപ്പിക്കുന്നത് കണ്ടുപിടിക്കുക എന്താ വഴി ഗുരുവായൂര അമ്പലത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബോംബ് കണ്ടുപിടിക്കാൻ മെഷീനുണ്ട് എന്നാൽ അവര് ഭക്തന്മാരകത്ത് പോയി എല്ലാം സമർപ്പിക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ മെഷീൻ ഇല്ല അതുകൂടി വെക്കേണ്ടതാണ് ശരിക്കും എന്നാലാണ് ഭക്തന്മാരെല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ വ്യവഹാരത്തിലേക്ക് നോക്കൂ നിങ്ങളുടെ കുട്ടികൾ വീട്ടിലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതും അവർക്ക് വേണ്ടി ചെയ്യുന്ന അവർക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം സ്നേഹത്തോടെ നിങ്ങൾ കൊടുക്കും അപ്പം സമർപ്പണത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട് ഒരു ഉത്സാഹത്തിന്റെ ആവശ്യമുണ്ട് അല്ലേ നിങ്ങൾക്ക് സ്നേഹമുള്ള ഒരാൾക്ക് നിങ്ങൾ അർപ്പിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യുന്ന കാര്യത്തിൽ ഉത്സാഹം പിന്നെ നമ്മൾ സ്നേഹമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യുന്ന സമർപ്പിക്കുമ്പോൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ലേ സന്തോഷമുണ്ടാവും പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ ആത്മാർത്ഥതയുണ്ടാവും എന്താവോ അവ ഭഗവാൻ നമ്മൾ സമർപ്പിച്ചോ എന്നിങ്ങനെ അറിയാം നാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ആത്മാർത്ഥത വേണം ഉത്സാഹം വേണം സന്തോഷം അങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ആരിലർപ്പിതമായി ഭഗവാനിൽ അർപ്പിതമായി പിന്നെ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ആയനവാചാ മനസ്സിൻ തേരുവ ആരായണയത് സമർപ്പിക്കാൻ കുട്ടികളുടെ കാര്യം അറിയിക്കേണ്ടത് പിന്നെ കുട്ടികളെക്കുറിച്ച് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല ആരെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളെല്ലാം അർപ്പിച്ചിരിക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക നമ്മൾ ഇന്ന് നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പെക്ടേഷനിലാണ് ജീവിക്കുന്നത് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം കർമ്മീവാധികാരേ മാതാചന ഡു യുവർ ഡ്യൂട്ടി സിൻസിയർലി എന്ത് ചെയ്യുകയാണെങ്കിലും ബാക്കി അതിൽ നിന്ന് എന്ത് വരുമോ എന്നുള്ളത് നമ്മുടെ നിയന്ത്രണത്തിലല്ല ആണോ എന്തും വരാം നിങ്ങളിപ്പോ കുട്ടികൾ എത്ര സ്നേഹിച്ചാലും അവർ നിങ്ങളെ സ്നേഹിച്ചോളുന്നുണ്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്നേഹം കിട്ടിക്കൊള്ളുന്നുണ്ടോ എന്തിനാ കുട്ടികളുടെ കാര്യത്തിലേക്ക് പോണോ ഭാര്യാവർത്തബന്ധം തന്നെ എടുത്തു നോക്കൂ നിങ്ങൾ നാൽപ്പതും അൻപതും കൊല്ലം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിച്ചാലും ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ ഒരു പക്ഷേ ഭാര്യ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും എന്നെ സ്നേഹത്തോടുകൂടി വിളിക്കണം ഭർത്താവ് അങ്ങനെ ദേഷ്യപ്പെട്ട് വിളിക്കരുതെന്നാണെങ്കിൽ എപ്പോഴും അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ തങ്കം ഇങ്ങനെ വിളിക്കണം എന്നുള്ള പ്രതീക്ഷിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ എന്തോ അങ്ങനെ വിളിക്കാൻ പറ്റുമോ ഭർത്താവ് വിളിക്കോ ഇനി ഭർത്താവ് വിചാരിക്കുകയാണ് എന്റെ ഭാര്യ എപ്പോഴും വീട്ടിലേക്ക് കിടന്നവരുമ്പോഴേക്കും ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചില്ലേ ചേട്ട എന്ന് വിളിക്കാഞ്ഞാൽ മതി അല്ലേ അതന്നെ വലിയ ഉപകാരം പ്രതീക്ഷിച്ചാൽ കിട്ടാൻ പോകുന്നുണ്ടോ ആർക്കും ഇന്നേ വരെ ഈ ലോകത്തിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല ഇനി നമുക്കായിട്ട് കിട്ടാൻ പോകുന്നില്ല ഭാവം ഗാന്ധിജിയുടെ കാര്യം നോക്കൂ അദ്ദേഹ എന്തെല്ലാം പ്രതീക്ഷിച്ചു ഈ ഭാരതത്തെക്കുറിച്ച് അല്ലേ ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹം ഇപ്പം ഒന്ന് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ആദ്യത്തെ സൂയിസൈഡിലെത്ത അദ്ദേഹത്തിന്റെ ഓർമ്മ കാരണം നേരെ ഉൾട്ടേണപ്പൊന്ന് അഹിംസയും പറഞ്ഞ് നടന്ന പാവത്തിന് ഇന്ന് കാണാൻ പറ്റുന്നത് നേരെ വിപരീതാണ് അല്ലേ പാർലമെന്റിലൊക്കെ കാണുന്നില്ലേ നിങ്ങൾ കോടികളും മറ്റും കൊടുത്തുകൊണ്ടൊക്കെയുള്ള ഇടപാടുകളും ചേർ വലിച്ചെറിയുന്നതും രണ്ട് പട്ടികൾ ജനിച്ചത് നല്ലൊരു കുലത്തിലാണ് വേറെ രണ്ട് വീടുകളിലേക്ക് അവരെത്തിപ്പെട്ടു അപ്പൊ വഴിയിൽ വെച്ച് ഒരിക്കലും കണ്ടുമുട്ടി ക്ലബ്ബിൽ വെച്ചു കാരണം അവരെ യജമാനന്മാരങ്ങനെ ജീവിക്കുന്നവരാണ് അപ്പൊ പട്ടികൾ ആ സ്റ്റാൻഡേർഡ് നിലനിർത്തണമല്ലോ ഒരു പട്ടിയും ഒറ്റ പട്ടിയോടിച്ചു ഹവ് ഈസ് യുവർ ലൈഫ് എന്ന് വെച്ചു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എക്സലന്റ് പക്ഷെ അവരൊറ്റ കുഴപ്പമേ ഉള്ളൂ എനിക്ക് തോന്നണ ഇപ്പൊ യജമാനൻ പാർലമെന്റിൽ സ്പീക്കറായിട്ടുണ്ട് തോന്നുന്നു അതെന്താ കാരണമെന്ന് ഞാൻ കുറയ്ക്കാൻ തുടങ്ങി അപ്പയാളെ പറയും കീപ് കോയറ്റ് പ്ലീസ് കീപ് കോയറ്റ് കീപ് കോയറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ടേബിളിൽ അടിക്കുന്നത് കാണാൻ നീ തോന്നണയാൾ പാർലമെന്റിലെ സ്പീക്കറായിട്ടുണ്ടെന്ന് ആ മറ്റേ പട്ടി പറയാണ് നീ ഭാഗ്യവാനാണ് എന്റെ യജമാനൻ അതേ പാർലമെന്റിൽ എം ആണ് തോന്നുന്നു അതെങ്ങനെ മനസ്സിലായി ഞാൻ കുറച്ചെയർ എടുത്തിട്ടാണ് അറിയുന്നത് എന്താ കൈകട്ടി അതെടുത്തിട്ടായി അറിയുന്നത് അപ്പൊ അതേ പാർലമെന്റിലാണ് എം ആണ് തോന്നുന്നു ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് ആർക്കും ഇന്നേ വരെ അവർ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂരിൽ ഒരു സ്വർഗം ഉണ്ടാക്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കുട്ടികൾ അതേ സ്വർഗം നിലനിർത്തുന്നുള്ളത് ഹേ അവര് വേറെ ഏതോ സ്വർഗങ്ങൾ ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണ് നമ്മളുള്ള എനർജി സമയം കളഞ്ഞിട്ട് അതിനെ മേക്കപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത് റെഡിയാക്കി നമ്മളെ സ്ഥലം ഇടുമ്പോഴേക്കും അവരുണ്ടാവും വിറ്റ് കയ്യിൽ കൊടുത്തിരിക്കുക സാധനം നമ്മുടെ പോളിഷ് ലൈഫാണ് നമ്മൾ നയിക്കരുത് നമ്മൾ അറിയുന്നില്ല അത് അതുകൊണ്ട് വിവേകത്തോടുകൂടി ചിന്തിക്കൂ നാളെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ച് ഇന്ന് സമയം കളയരുത് ഇന്ന് എന്ത് ചെയ്യുന്നുവോ അത് ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക അല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണം നാളെയെല്ലാം സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ ആസ്വദിക്കാൻ പോയാൽ അലക്കൊഴിഞ്ഞൊരിക്കലും കഴിയട്ടെ മകന്റെ കല്യാണം കൂടിയാണ് കഴിഞ്ഞ സ്വസ്ഥായി സ്വാമി ഇവിടെ മകന്റെ കല്യാണം കഴിയുമ്പോഴേക്കും മകളുണ്ട് അമ്മ ഏതാ വരണോന്ന് പ്രസവം തുടങ്ങി ഒരു പ്രശ്നം വേറൊരു പ്രശ്നം ഇന്നേ ഇവരെ ആർക്കും ജീവിതം വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ വീട് വിട്ടു പോകണം പറയുന്നത് നീ അത് കേട്ടിടുന്ന ആള് കൂടെ വരേണ്ടത് നിങ്ങൾ ആളുകൾക്ക് ഭ്രാന്താണ് ചിലപ്പം ഇതൊക്കെ ഒരു എക്സ്ട്രീമിലേക്ക് പോയിക്കളി ആളുകൾ ശരിയാ സ്വാമി ഇതൊക്കെ മതി കാരണം പത്തൊമ്പത് വർഷം കഴിയുമ്പോഴേക്കും നമുക്കൊക്കെ മടുക്കും ഇനി എന്ത് ജീവിതം വേണ്ടിയില്ലായിരുന്നു കല്യാണം വേണ്ടിയില്ലായിരുന്നു കുട്ടികൾ എത്ര സ്വസ്ഥമായി ധ്യാനത്തിലിരിക്കും ഇപ്പൊ നാരായണോ നാരായണോ ജീവിക്കും പുറത്തുനിന്ന് ചെറിയാണ് ഒരുത്തൻ വന്നിട്ട് സാധിക്കുന്നില്ല അപ്പോഴേക്കും വിളിച്ചു ഭർത്താവിന്റെ വക എവിടെയാണ് എന്നുള്ളത് ചായ ഉണ്ടാക്കണം അയാൾക്ക് മറ്റൊരാൾക്ക് കാപ്പി ഉണ്ടാക്കണം ഒന്നും ശരിയാവണില്ല ഇതൊന്നും വേണ്ടായിരുന്നു അതല്ല ഭക്തി ചെയ്യുന്നതും ആത്മാർത്ഥമായി സന്തോഷമായി ഉത്സാഹമായി നോക്കൂ അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ത്രീകൾ വീട്ടിൽ കയറി വരുമ്പോണ്ടല്ലോ വലത് കാലിൽ വെച്ച് കയറണമെന്ന് പറയാൻ കാരണം ആ വീട്ടിൽ ലക്ഷ്മി വരുന്നു എന്നുള്ളതാണ് അപ്പൊ അത് ജീവിതത്തിന്റെ ആരംഭമാണ് അതുപോലെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ആ കയറി വരുന്ന ഉത്സാഹം എന്നും ഉണ്ടാവണമെന്നാണ് ആ കയറി വരുന്ന സമയത്ത് മുഖത്തുള്ള പ്രസന്നത സന്തോഷം നിലനിർത്തണമെന്നാണ് അത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുപോയി ഇന്ന് രാവിലെയാകുമ്പോഴേക്കും വീട്ടിൽ സ്ത്രീകളാണ് നേരത്തെ എണീക്കേണ്ടത് കാരണം ഐശ്വര്യം അവർക്കാണെന്നാണ് ലക്ഷ്മി അവരുടെ കൂടെ നിന്ന് വെച്ചത് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവ് എണീക്കുമ്പോഴേക്കും ഒരു പ്രസന്നത അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ആ വീട്ടിലൊരു പ്രസന്നത ഉണ്ടാവുന്നതാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ എണീറ്റ് വരുന്നതേ പറയുന്നല്ലോ വസ്ത്രധാരികളാണല്ലോ ആ പുറയിലൂടെയാണ് കാണുന്നത് പോയി നമ്മുടെ ആ ഒരു ഞാൻ അതിൽ നിന്ന് എതിർക്കല്ലേ കാരണം അപ്പോ തന്നെ ആ വീടിന്റെ ഒരു ഐശ്വര്യത്തെയാണ് നമ്മൾ സത്യം ജനവാതലിന് പോലും വിഷമം ഉണ്ടതില്ല പറയുന്നതല്ലേ അത് നമ്മൾ മാറ്റിയെടുക്കണം ജീവിതത്തെ അപ്പൊ നമുക്ക് എന്താച്ചാൽ ഈ ആലസ്യവും അതുപോലെ കുറെ കാലത്തെ ആ ജീവിതശീലവും അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കുക തന്നെ വേണം കായേന വാച മനസ്സ എന്ത് ചെയ്യുന്നതും കായം എന്ന് പറഞ്ഞാൽ ശരീരം ശരീരത്തിലൂടെ ഉത്സാഹം നിലനിർത്തണം മനസ്സ മനസ്സിൽ സന്തോഷം നിലനിർത്തണം പിന്നീട് വാച വാച എന്ന് പറഞ്ഞാൽ വാക്കുകൾ അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിയിലെപ്പോഴും സിൻസിയറിറ്റി നിലനിർത്തണം ആത്മാർത്ഥത ബുദ്ധി കൊണ്ട് ആത്മാർത്ഥതയും മനസ്സുകൊണ്ട് സന്തോഷവും ശരീരം കൊണ്ട് ഉത്സാഹവും ഇതിനാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് നിലനിർത്തി ജീവിക്കാൻ സാധിച്ചാൽ നാം ശരിക്കും ജീവിക്കുന്നവരാണ് മറ്റതൊക്കെ ജീവിതം ശബരിമലയിൽ പോകുന്ന ആളുകൾ പറഞ്ഞവരെയാണ് മുന്തിവിടയ്യ കല്ലും മുള്ളും പണ്ട് കാലിക്കൽ എത്തിയെന്ന് ഇപ്പം അവര് മാറ്റി കല്ലും മുള്ളും സ്വാമിക്ക് ഇപ്പൊ അതായിട്ട് നമ്മൾ എന്തിനാണ് എടുക്കുന്നത് ഈ രീതിയിലാക്കിക്കഴിഞ്ഞു ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ താളം തെത്തിച്ച് നമ്മളിപ്പം പറയുന്നത് ഗുരുവാരപ്പാ പൊക്കണേന്ന് ഗുരുവാരപ്പൻ എന്താ ക്രൈയിലായിട്ട് വരുമോ നമ്മളെ പൊക്കാൻ അദ്ദേഹത്തിൻ്റെ ഇതാണോ പണി ഭഗവാൻ പറയണോ ഉദ്ധരേൽ ആത്മാനാത്മാനം നിങ്ങൾ തന്നെ വേണം നിങ്ങൾ വേ ഗുരുവാരപ്പാ പൊങ്ങണ പ്രശ്നം ഇത്രയും കാലം പൊക്കിയില്ല ഇനി അങ്ങനെ പൊക്കൂ ചിന്തിക്കൂ നിങ്ങൾ ഇതൊക്കെ ഒരു സസാണത് നിങ്ങൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല മുഖ്യം ഒരു നിമിഷം ജീവിച്ചാൽ മതി പക്ഷെ ജീവിക്കുന്നത് വളരെ സന്തോഷത്തിൽ സംതൃപ്തരായിട്ട് ഒരു പരാതിയില്ല ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ് നിങ്ങൾ പറയും അല്ല സ്വാമി എന്റെ മകൾ പ്രസവിച്ചിട്ടില്ല മകന്റെ കല്യാണം കഴിഞ്ഞില്ല എങ്ങനെ ഉത്സാഹം കണ്ടെത്താൻ പറ്റും ശരി അവളെ പ്രസവം കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷമായി മകന്റെ കല്യാണം കഴിഞ്ഞാൽ സന്തോഷമായി ചിലപ്പോൾ വരും മരുമകൾ രണ്ടെണ്ണം കൂടെ തന്നു കഴിഞ്ഞാൽ അപ്പൊ ശരിക്കും ഉത്സാഹം വരും പണ്ടൊരാള് അയാളുടെ പശു തളർന്നുപോയി തളർന്നു വീണു ഒരു വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്നു ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ എനിക്കറിയില്ല ചിലപ്പോൾ ആൾക്ക് ശക്തി കൂടുന്നു ഡോക്ടർ കൊടുത്ത ഇഞ്ചക്ഷൻ രണ്ടായിരം മൂവായിരം രൂപയുടെ ഇഞ്ചക്ഷനാണ് പശുതങ്ങട്ട് എണ്ണീറ്റുന്നൊരു ഓട്ടോടി അപ്പൊ ഇയാൾ ഡോക്ടറോട് പറയാം അതേ ഇഞ്ചക്ഷൻ ഒന്ന് ഇരിക്കുന്നു അന്നോളോട്ട് വന്നു ഡോക്ടർ അതെന്തിനാണ് പിന്നെ ആരതിനെ പിടിക്കാൻ കൂടുക പശുവിനത്ര ശക്തിയാവന്നിരിക്കുന്നത് ഇനി അതിനെ പിടിക്കാനുണ്ടെങ്കിൽ എനിക്കും വേറെ ഇഷ്ടം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്ന് ജീവിച്ചാൽ ബാക്കിയുള്ളവരും നമ്മൾ ഉത്സാഹത്തോടുകൂടി ജീവിച്ചാൽ ബാക്കിയുള്ളവർക്കും ഉത്സാഹം നിങ്ങളത് നാളെ മുതൽ ശീലിക്കാം മനസ്സിലായില്ലേ ഈ ഒരാഴ്ച നിങ്ങൾ ചീവിച്ച കണ്ടിന്യൂ ചെയ്താൽ മതി ഒരിക്കലും നമ്മൾ തളർന്ന് ജീവിക്കാൻ നമ്മളെ ഈ രണ്ട് വാക്കുകൾ ഡിക്ഷണറിയിൽ വരരുത് വയ്യാന്ന് പറയരുത് മനസ്സിലായില്ലേ എനിക്ക് വയ്യാന്ന് പറഞ്ഞോ നിങ്ങൾ ഭഗവാനെ വിട്ടു ആ വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് മാറ്റിക്കളയണം വയ്യാ നല്ലത് പിന്നെ ആരെന്ത് ചോദിച്ചാലും ഇല്ലാന്ന് പറയരുത് കഴിയുന്നതെന്ന് നമ്മളെ കൊണ്ടുവരുന്നതെങ്കിലും സഹായം ചിന്തിക്കും ഇല്ല എന്ന് പറയുന്നത് കാരണം ഭഗവാൻ തന്നിട്ടുണ്ട് നമുക്ക് എന്ത് നമുക്ക് ഉണ്ടോ അത് പങ്കുവയ്ക്കണം കാരണം ചോദിക്കുന്നത് മറ്റൊരു രൂപത്തിൽ ആര് തന്നെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് വലുതൊന്നും കൊടുക്കണമെന്നില്ല ചെറുത് കൊടുത്താൽ മതി ഇങ്ങനെ വയ്യാനും വേണ്ട ഏറ്റുമല്ലോ നിങ്ങൾ ഒന്ന് ശീലിച്ചു നോക്കൂ നിങ്ങൾ ജീവിതത്തെ വലിയൊരു മാറ്റം നമുക്കെന്നുണ്ടാവും വലിയൊരു ഊർജം വരും നമുക്ക് രാവിലെ തന്നെ നമ്മൾ എണീക്കുന്ന സമയം മുതൽ നമ്മളത് ശീലിക്കുക എന്ത് അസുഖം വന്നാലും ശരി ആ നാവൽ നിന്ന് വയ്യ അയാൾ കൊണ്ടുപോയിക്കോ താങ്ങിക്കോ പിടിച്ചോ വന്ന ഇപ്പോഴാണെങ്കിൽ നോക്കൂ നിങ്ങൾ ചെറിയൊരു അസുഖം അടുത്തുകൂടെ പോയാൽ മതി അടുത്തുകൂടെ പോയാ ശ്വാസം അവിടേക്കാണ് നമുക്ക് ഭീഷമാചാര്യരൊക്കെ നമസ്കരിക്കേണ്ടത് അല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ ശരീര ഉപേക്ഷിക്കുന്ന സമയത്ത് സ്മരിച്ച ഒരു വ്യക്തിയാണ് ഭഗവാൻ പിതാമഹം വീക്ഷ്യ ഇത് ഗംഭീര കഥാപാത്രമാണ് നോക്കൂ ശരീരം അനക്കാൻ പറ്റില്ല ആ നോക്കൂ ശരീരത്തിന്റെ പുറത്തമ്പിയും അർജുനൻ ശരീരമാസകലം അമ്പ് വീണുപൂവാണ് തറയിലേക്ക് അപ്പോൾ ഉടനെ പറയണ കലയണ തരൂ ദുര്യോധനൻ വിവേകമില്ലാതെ തലയണ പറയും നിനക്കറിയില്ല അർജുനോട് തലയണ വെക്കാൻ പറയും ഉടരെ തന്നെ തലയിലേക്കും അമ്പുകൊടുക്കും കൈകളിൽ അമ്പ് ശരീരം ഒരു ഭാഗത്തും ഇളക്കാൻ പറ്റാത്ത വിധത്തിൽ അമ്പ് എന്നിട്ടും വിശ്വം വിഷ്ണു വഷട്ടാരോ ഭൂതഭവ്യഭവൽ പ്രഭു ഭൂതഗദ്ഭൂതഭാവോ ഭൂതാത്മാ ഇത് പറയാനുള്ള ശക്തി നേടിയാണ് അതാണ് കരുത്ത് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഈ വയ്യ വയ്യ എന്ന് പറഞ്ഞ് ശീലിച്ചാൽ പിന്നെ നമുക്ക് വയ്യാതെയാവും നിങ്ങൾ മനസ്സിനങ്ങനെ ശക്തിയുണ്ട് അത് വേണ്ടാത്ത ചിന്തിച്ചാൽ പിന്നെ അത് വേണ്ടാത്തതാവും അത് നോക്കും നിങ്ങൾ നിങ്ങൾ വെറുതെ വിചാരിച്ചാൽ മതി വീട്ടില് വീഴോ വീഴോ ബാത്റൂമില് വീഴോ ബാത്റൂം ഒരു ദിവസം വീണിട്ടുണ്ടാവും നിങ്ങൾ കാരണം മനസ്സിനങ്ങനെ ശക്തിയുണ്ട് നമ്മൾ നിശ്ചയിച്ചത് തന്നെ നടത്തും നിങ്ങളൊരു കാര്യം നടക്കും നടക്കും നടക്കും അറിഞ്ഞിരിക്കരുത് അത്ര ശക്തി നമ്മുടെ മനസ്സിനുണ്ട് നടത്താനൊരു ശക്തി മനസ്സിനുണ്ട് നശിപ്പിക്കാതിരിക്കാൻ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് അല്ലേ എത്ര നിശ്ചയം നോക്കൂ ഒരു യുദ്ധം നടക്കും നടക്കും യുദ്ധം നടന്നു അത്ര എത്തിച്ചു ആ നടക്കും എന്നുള്ളൊരു വാശി അവിടെ കൊണ്ടെത്തിക്കും അതേത് കാര്യത്തിലും അങ്ങനെയാണ് നല്ല കാര്യത്തിലും അങ്ങനെയാണ് ചീത്ത കാര്യത്തിലും അങ്ങനെയാണ് പക്ഷെ ചീത്ത കാര്യത്തിൽ വേഗം സംഭവിക്കും നല്ല കാര്യത്തിൽ കുറച്ച് സാവകാശം ഉണ്ടായിരിക്കും സമസ്തം എന്ത് ചെയ്യുന്നതും എന്ത് വേണം ഭഗവാനിൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അർപ്പണം എന്ന് പറഞ്ഞാൽ അർത്ഥം ചെയ്യുന്ന കാര്യം ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ഇതൊന്നും നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ലേ ഞാൻ എഴുതിയിട്ട് ആത്മാർത്ഥം ഉത്സാഹി കഴിഞ്ഞു എഴുതിയിട്ട കാര്യം അത് മസ്തകത്തിൽ എഴുതിയിരിക്കണം പുസ്തകം കൊണ്ട് കാര്യമില്ല ഏതുകൊണ്ടേ കാര്യമുള്ളൂ മസ്തകം ഞാൻ പറഞ്ഞില്ലേ അത് കാലിസ്ഥാനാവരുത് അത് ഹിന്ദുസ്ഥാനാക്കി മാറ്റണം അത് അവിടെ ഓർമ്മിച്ചു എന്ത് ചെയ്യുന്നതും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യും ഇനി വേറൊരു പ്രശ്നമുണ്ട് നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ ജീവിതത്തിൽ ഈ പറയുന്നതൊക്കെ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ഇൻഡിവിജ്വലി ജീവിക്കാനും കഴിയും പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോ വിവാഹ ജീവിതം അങ്ങനെയൊക്കെയുള്ള ജീവിതം ഭർത്താവിന്റെ സ്വഭാവം അയാൾ വർത്തി ലൈസി ഫെലോ ആണെങ്കിൽ കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഭാര്യയും അതാണ് ചില അമ്മമാര് പറയും എന്റെ കുട്ടിക്ക് എന്തൊരു സംസ്കാരം ഉണ്ടായിരുന്നു സ്വാമി ഒരു കുട്ടിയായിരുന്നു കല്യാണം കഴിച്ചതിനു ശേഷം അവള് വിഷ്ണുവാമത്തിൽ പറഞ്ഞ പോലെ ഇരിക്കുന്നു ഭൂതഗത്ഭൂതഭാവോ നേരത്തെ അവള് ചൊല്ലുമായിരുന്നു ഇപ്പൊ അവളെ ജീവിക്കുകയാണ് ഭൂതവത്ഭൂതഗത് ഭാവോ ഭൂതമായി തീർന്നു രാവിലെ എണീക്കില്ല ഇവര് ചിറ്റയില്ല കാരണം കെട്ടിയവന്റെ സ്വഭാവമൊക്കെ കെട്ടിയവളിലേക്കും ബാധിച്ചു പലപ്പോഴും പലർക്കും അങ്ങനെ ജീവിതത്തിൽ വീഴ്ച പറ്റുന്നത് ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ കോപ്പറേഷൻ ഇല്ലെങ്കിൽ അവരുടെ ജീവിതവും ആ വഴിക്ക് പോകും അതിനെന്ത് വേണം അവിടെയാണ് നമ്മൾ അതിലേക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് വരാതിരിക്കണമെങ്കിൽ വരുന്നതെല്ലാം അങ്ങനെ ഒരു ജീവിതം എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശ്വരൻ നിശ്ചയമായി കണ്ട് അതിനെ സ്വീകരിക്കണം എന്ന് പറയുകയാണ് അതൊരു വലിയൊരു ഭാവനയാണത് നമുക്കിഷ്ടമില്ലാത്തവർ പോലും നമ്മളെടുത്തു വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം അതാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത് അവർക്കവരുടേതായിട്ടുള്ള ജീവിതം എനിക്ക് എന്റെ നമ്മൾ അതുമായിട്ട് ചേരാൻ പോകരുത് നമുക്ക് എന്ത് പറ്റുമോ ചെയ്യും സ്നേഹം എന്നുള്ള വാക്ക് നമ്മൾ തെറ്റിതിരിക്കുകയാണ് പലൊരു അങ്ങനെയാണ് വഴിയിൽ കുടുങ്ങിപ്പോകുന്നത് സ്നേഹം വ്യക്തിയോട് കാണിക്കേണ്ടത് നമ്മൾ അവരെപ്പോലെ ജീവിച്ചുകൊണ്ടല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉന്നതമായ സംസ്കാരം കാണിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ദുഃഖത്തോടുകൂടി വരുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ ഒരാൾ ചെയ്യുന്ന തെറ്റ് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അത് സ്നേഹം അല്ലേ അല്ലാതെ നമ്മൾ അവരെ പോലെ ലേസി ഫലോ ആയിട്ടാണോ ജീവിക്കുന്നത് അതാണോ സ്നേഹം എന്റെ ഭർത്താവിനെ രാവിലെ എണീക്കുന്ന ഇഷ്ടമല്ല ഞാനും രാവിലെ എണീക്കാറില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരേപോലത്തെ മനസ്സാണ് ഇത് സ്നേഹമാണോ ഇത് ഫോളിഷിന്റെ സ്ഥാനത്ത് ചിന്തിക്കും നിങ്ങൾ അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോവാൻ നമ്മൾ അനുവദിക്കരുത് അപ്പോ കായേ നവാച മനസ്സേൻ തീരുവാ എന്ന് പറഞ്ഞാൽ അർത്ഥം നാം ഉത്സാഹത്തോടെ സന്തോഷത്തോടെ പ്രസന്നതയോട് ജീവിക്കുകയും വേണം ആരൊക്കെ എങ്ങനെയുള്ളവരായി തീർന്നാലും അവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഇത് ഭഗവാന്റെ നിശ്ചയമാണ് ഇങ്ങനെ വേണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം നമുക്ക് പ്രഹ്ലാദൻ അദ്ദേഹത്തിന് കിട്ടിയ അച്ഛൻ ക്രൂരനാണ് പ്രഹ്ലാദൻ ഒരിക്കലും അച്ഛന്റെ ജീവിതത്തിലേക്ക് വീണില്ല ഉണ്ടോ ആ കുട്ടിക്ക് കുട്ടിയുടേതായിട്ടുള്ള സംസ്കാരം ഉണ്ടായിരുന്നു എന്നിട്ടോ കുട്ടി കുട്ടിയുടേതായിട്ടുള്ള ജീവിതം നയിച്ചു അച്ഛനെ പോലും ഉൾക്കൊള്ളാൻ ആർക്കെ പ്രഹ്ലാദനെ പറ്റി മനസ്സിലാവുന്നുണ്ടല്ലോ പാഞ്ചാലിയും അഞ്ച് പാണ്ഡവരും നോക്കും നിങ്ങൾ പാണ്ഡവന്മാര് കൃഷ്ണന്റെ കൂടെ നടന്നു പാഞ്ചാലി കൃഷ്ണനിൽ ജീവിച്ചു കറിയേണ് അതുകൊണ്ട് കൃഷ്ണനിൽ ജീവിച്ച പാഞ്ചാലി പാണ്ഡവരേക്കാൾ ഇത്രയും ഉയർന്നവളായി അർജുനനുണ്ടല്ലോ പലപ്പോഴും തളർന്ന് തരഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച സമയത്തുള്ള അർജുനന്റെ അവസ്ഥയുണ്ട് ഭാഗവതത്തിൽ കാണണം പഞ്ചിദോഹം മഹാരാജാ ഹരിണ ബന്ധുരൂപ എന്നൊക്കെ പറഞ്ഞ് കരയുന്നതിന് അറിഞ്ഞിട്ടുണ്ട് പാഞ്ചാലി ജീവിതത്തിൽ ഒരിക്കലും കരഞ്ഞിട്ടില്ല കാരണം പാഞ്ചാലി കൃഷ്ണന്റെ കൂടെ നടക്കുകയുന്നില്ല പാഞ്ചാലി കൃഷ്ണനിൽ ജീവിക്കുകയായിരുന്നു അപ്പൊ പാണ്ഡവന്മാരുടെ ജീവിതം അതവരുടെ ജീവിതം ഇതെന്റെ ജീവിതം എന്റെ സംസ്കാരം ഇത് നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമുക്ക് എപ്പോഴും ആരുടെ കൂടെ പോവാം ഭഗവാന്റെ കൂടെ എന്നിട്ട് പറയുന്നു അതുകൊണ്ട് ജാത്യാപീഹ സ്വഭാഗ ഒരാൾ ജാതി കൊണ്ട് എന്ന് പറഞ്ഞാൽ ശ്വ പട്ടി അതിനെ പാകം ചെയ്യുക പക്ക കഴിക്കുക എന്ന് വെച്ചാൽ ചണ്ടാളനാണ് ജാതി കൊണ്ട് തുയ് എന്നാൽ അയാളുടെ ജീവിതം മുഴുവൻ ഭഗവാനിൽ അർപ്പിക്കപ്പെട്ടവനാണ് കർമ്മവാകേന്ദ്രിയാർത്ഥ എല്ലാം കൊണ്ടും അവന്റെ വാക്കും പ്രവൃത്തിയും ഒക്കെ ഭഗവാനിൽ അർപ്പിക്കപ്പെട്ടതാണ് അവൻ പ്രാണോ വിശ്വം അവൻ അവനെയും ശുദ്ധീകരിക്കുന്നു അവന്റെ കുലത്തെയും പരിശുദ്ധീകരിക്കുന്നു എന്നാൽ നതു വിമുഖമന ആരാണോ വിമുഖമനൻ ഭഗവാനിലേക്ക് മനസ്സിരിക്കാതെ ജീവിക്കുന്നവൻ അവൻ അൽപതാൽ വിപ്ര വിപ്രനാണെങ്കിൽ പോലും അവൻ ആദരണീയനല്ല എന്ന് ഒരാൾ ചണ്ടാളനാണ് പക്ഷേ ഹിസ് ലൈഫ് ഈസ് സോ ഡെഡിക്കേറ്റഡ് മറ്റാള് ബ്രാഹ്മണനാണ് പക്ഷേ ഹിസ് നോട്ട് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് അല്ല ഇപ്പൊ ഡെഡിക്കേറ്റഡ് അല്ലാത്ത ഒരാള് ബ്രാഹ്മണനാണെങ്കിലും അയാളെ ആദരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആര് പറയുന്നത് പട്ടതിരിപ്പാട് പറയുന്നത് അപ്പൊ ജന്മം നോക്കിക്കൊണ്ടല്ല നമ്മളെ ആദരിക്കേണ്ടത് നമ്മുടെ ജീവിതം നോക്കിക്കൊണ്ട് ആദരിക്കണം എന്ന് പറയുന്നത് ഗുണം നോക്കിക്കൊണ്ട് ആദരിക്കണം ഏത് സംസ്കാരമുള്ള ആളായാലും കുലത്തിൽ ജനിച്ചവരായാലും ശരി ഉത്സാഹവും സന്തോഷവും ആത്മാർത്ഥതയും അതുപോലെ എന്ത് വന്നാലും ഈശ്വര പ്രസാദമായി സ്വീകരിക്കാനുള്ള നിശ്ചയമായി സ്വീകരിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അവരാണ് സർവോത്കൃഷ്ടന്മാരായ ബ്രാഹ്മണര് അവരാണ് ഭഗവത് ഭക്തന്മാര് അതുകൊണ്ട് അവരെ നമ്മൾ പൂജിച്ചാൽ അവരോട് നമ്മൾ സമ്പർക്കപ്പെട്ടാൽ അവരുടെ കൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കി കൊണ്ടുപോകാൻ സാധിച്ചാൽ അത് നമ്മളെ അനുഗ്രഹിക്കുന്നവരെയാണ് ഇപ്രകാരം പറഞ്ഞു എന്നിട്ടോ ഇനി അടുത്ത ശ്ലോകത്തിൽ ഭയം എന്താണ് അതിൽ നിന്നെങ്ങനെ മുക്തരാവാം എന്ന് പറയുന്നത് ഭദനു മനഃ കൽപ്പം ദ്തീയ തേനൈകാസശീലോ ഹൃദയം ഹി യക്തിബുദ്ധ്യ നിരുന്ധ്യ മായാ വിദ്യേതു തൻ പുനരപിത വാദിമായാദം തഹ സതതമനു വലൻ ഈശബീതി വിജഹ്യ നിങ്ങൾക്ക് ഭയം വിട്ടുപോണമെന്ന് ആഗ്രഹമുണ്ടോ ഭീതി വിരഹ്യാം നിങ്ങൾക്ക് ഭീതിയെ ജയിക്കാൻ പറ്റും ഭയത്തിൽ നിന്ന് മുക്തരാവാൻ സാധിക്കും എങ്ങനെ ആദ്യം ഭയം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയണം ഭീതിർന്നാമ ഭീതി എന്ന് പറയുന്നത് രണ്ടും ഭീതി വരുന്നത് രണ്ടു മണിക്കാണോ ഭീതി വരുന്നത് രണ്ടാൾ ഉള്ളപ്പോഴാണ് ഓ ശരിയാ സ്വാമി നേരത്തെ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് പേടി ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് ശരിക്കും പേടി വരുന്നത് ഈ രണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും അപകടമാണ് അങ്ങനെ അർത്ഥം വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചതിന് ശേഷം പേടി വന്നെന്ന് പറയും പണ്ടൊരാൾ പറഞ്ഞ പോലെ ഉണ്ടായിരണ്ടൽബദ മിണ്ടാവതല്ല മമ്മ പണ്ടേ കണക്കേ വരുവാൻ അമ്മയോട് ഒന്ന് പറയണേ ഒരാള് പണ്ട് ഞാൻ ഒന്നായിരുന്നു പിന്നെ ഞാൻ രണ്ടായി കല്യാണം കഴിച്ചു അവള് വന്നതിന് ശേഷം മിണ്ടാവതല്ല മമ ജീവിതമൊക്കെ മിണ്ടാൻ പണ്ടേ കണക്കേ വരുവാൻ വെച്ചാൽ പഴയ പഴയാവാൻ നന്നായിരുന്നു ആ അർത്ഥത്തിൽ എടുക്കരുത് ഞങ്ങളിതൊക്കെ അപകടമാണ് വ്യാഖ്യാനങ്ങളൊക്കെ അപ്പം എന്താ ദ്വിതീയാത്ഭവതി എന്ന് പറഞ്ഞാൽ രണ്ട് ഉണ്ട് എന്ന ബോധം ഭയം വരുത്തുമോ മനസ്സിലാക്കണം ഏ ഉണ്ടോ രണ്ടുണ്ട് എന്നുള്ള ബോധ കുറച്ചുകൂടി ശക്തി തരും നമുക്ക് വീട്ടിലൊരാളും കൂടി ഉണ്ട് എന്നുള്ളൊരു ബോധം പറഞ്ഞാൽ ധൈര്യമാണ് അപ്പൊ എന്താ അതിനർത്ഥം ആ ശബ്ദം വളരെ ശ്രദ്ധിച്ച് മനസ്സിലായി വേദാന്തമൊക്കെ ഉണ്ടല്ലോ അക്ഷരത്തിന്റെ അർത്ഥെടുത്ത അപകടമാണ് ദ്വിതീയം രണ്ട് ഈ രണ്ടും ഇപ്പൊ നമ്മൾ രണ്ടു വര വരയ്ക്കണോ രണ്ടും ഒരേ പോലെയാണെങ്കിൽ ഒരേ ശക്തിയുള്ളതാണെങ്കിൽ ഒന്ന് മറ്റതിൽ നിന്ന് ഭിന്നമല്ല ആണോ ഒരേപോലെ ഇപ്പൊ രണ്ടു വര വരച്ച് ഒരേപോലെ മേലെ മുറിച്ച് ഒരു വര വലുതും മറ്റേ ചെറുതുമാണെങ്കിലോ രണ്ടും വ്യത്യാസമായി ഒരു വര ബലമുള്ളതാണ് ശക്തിയുള്ളതാണ് ഒരു വര ദുർബലമാണ് നമുക്കെപ്പോഴാ ഭയം വരാറ് മറ്റൊന്നിൽ ബലം കാണുകയും നമ്മളിൽ ദുർബലത കാണുമ്പോഴാണ് നമുക്ക് ഭയം വരുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് ഇഫ് ദോത്ത് ലൈൻ ആർ സെയിൻ ലൈക്ക് രണ്ടുവരെയും ഒരുപോലെയാണെങ്കിൽ ഒരു വരയ്ക്ക് മറ്റൊരു വരയെ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ബോത്ത് ആർ സെയിൻ ഇഫ് വൺ ലൈൻ ഈസ് ബിഗ് ആൻഡ് ദ അതർ ലൈൻ ഈസ് സ്മോൾ ദൻ ദ സ്മോൾ ലൈൻ ആസ് ടു ഫിയർ ദി ബിഗ് ലൈൻ അല്ലേ അതെന്തുകൊണ്ട് കാരണം ചെറിയ ലൈൻ പറയും ഇവൻ എന്നെ കാണും ശക്തിയുള്ളവനാണ് വനിതാ ഇനി നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കൂ ഭാര്യയും ഭർത്താവും ഇരിക്കുമ്പോൾ ഭയമില്ലാത്തതിന് കാരണം ബോത് ലൈനാർ സെയിം എന്നാൽ നമുക്ക് മറ്റൊരാളെ കാണുമ്പോ ഭയം വരാൻ കാരണം നിങ്ങൾ വീട്ടിൽ പോകുന്നു ആരുമില്ല ഭാര്യ മക്കളൊക്കെ ഭർത്താവ് മക്കളും പോയിരിക്കാപ്പുറത്ത് നിങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് വാതിൽ തുറക്കാൻ നേരത്ത് ഉള്ളിൽ നിന്നാരോ നടക്കുന്ന ശബ്ദം വച്ച ചാവി എന്തുകൊണ്ടാണ് തുറക്കാത്തത് എന്തുകൊണ്ടാണ് ഭയം വന്നത് ശബ്ദം കേട്ടപ്പോഴേക്കും നിങ്ങളുടെ മനസ്സെന്താ പറഞ്ഞത് ആരോ ഒരാളുണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞത് ആ ഭഗവാനുണ്ടെന്നോ അകേമ ആ പോകണ്ടേ പിന്നെ പ്രശ്നമില്ലല്ലോ അതില്ലാത്തോണ്ടല്ലേ കുഴപ്പമൊക്കെ എന്താ മനസ്സിലാക്കുന്നത് ഓ ഗുരുവായ വീട്ടിൽ വന്നു പാവം ഒന്നും കിട്ടാതെ നടക്കോന്ന് ഇതൊക്കെ തോന്നിയാൽ ഗുരുവായൂരപ്പ എത്ര നന്നായി അല്ലേ ഇവിടെ എത്തി നമ്മള് നോക്കൂ ഇതൊരാ ഭാഗ്യം അങ്ങനെയൊക്കെയുള്ള ആശയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്നു പ്രായോഗിക ആക്കാൻ ആ അപ്പോ എന്തു പറഞ്ഞു ഉള്ളിലാളുണ്ടെങ്കിൽ നമുക്ക് തുറക്കാൻ പേടി വരാൻ കാരണം നമ്മുടെ മനസ്സ് പറയും അതിനുള്ളിലിരിക്കുന്ന ആള് നമ്മളെ ദ്രോഹിക്കാൻ കഴിവുക അപ്പൊ അയാളെ നമ്മൾ വലിയ ലൈനാക്കി വെച്ച് നമ്മളെയോ അപ്പൊ എന്തുകൊണ്ടാണ് ഭയം വരുന്നത് നാം ദുർബലനും മറ്റൊരാൾ ശക്തനുമാകുമ്പോഴാണ് ഭയം വരുന്നത് അല്ലേ അപ്പൊ ശരിക്കും നമ്മളെ ഭയപ്പെടുത്തിയത് ആരാണ് നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല പക്ഷെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ പലതിനെയും നേരിടാൻ പ്രാപ്തരല്ല എന്നു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് മനസ്സ് നമ്മളെ ചെറുതാക്കി ചെറുതാക്കി ദുർബലരാക്കിയിരിക്കുന്നു അപ്പൊ ഈ ലോകം നമ്മൾ കാണുമ്പോ ലോകം നമുക്ക് ശക്തവും നമ്മള് ദുർബലരുമാകുമ്പോ നാം ഇവിടെ ഭയന്ന് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് പണ്ടൊരാള് കള്ളു ഓടിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യ അന്വേഷിച്ചു പോയി ഒമ്പത് രൂപയായിട്ടും ഭർത്താവ് എത്തിയില്ലേ ഓഫീസിന്ന് ഇങ്ങോരേതോ ക്ലബ്ബിൽ പെട്ടുപോയി കുടിക്കാൻ പോയി പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു കാള കാളയുടെ നേരെ ഇളങ്ങിന്നു വഴിയുവാളായിരുന്നു കാളയ്ക്കുണ്ടോ ഇയാളെ ബോധം തൂക്കിയെടുത്തൊരറ്റേറ് ഇല്ലേ അടുത്ത കോമ്പൗണ്ടിൽ പോയി വീണു അപ്പോഴേക്കും ഭാര്യ ഓടിച്ചെന്ന് പിടിച്ചു പൂക്കിയെടുത്തു അപ്പൊ ഭാര്യയോട് പറയാണ് ഇനിയും ഇതുപോലെ നീ എന്നെ തൂക്കി എറിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും എന്നാണ് അപ്പോഴാണ് ഭാര്യയ്ക്ക് മനസ്സിലായത് ഇയാളേക്കാൾ ശക്തിയും അറ്റ്ലീസ്റ്റ് ഇയാൾക്കൊരു ബോധം ഉണ്ടായല്ലോ എനിക്ക് ശക്തിയുണ്ടെന്ന് ഭാര്യ പറഞ്ഞു മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഇനിയൊരു തൂക്കൽ എറിഞ്ഞാൽ അത് അടുത്ത കോമ്പൗണ്ട് പിന്നെയാണ് മര്യാദയ്ക്ക് നടന്നു ഇതാണ് സത്യം അറിയുമ്പം ഭാര്യയല്ല അറിഞ്ഞത് തൂക്കിയെറിഞ്ഞത് കാളെയാണ് െ നമ്മൾ ദുർബലരായാൽ ഈ ലോകം ശക്തരായി നിങ്ങൾ ചിരിക്കുമ്പോഴും മനസ്സിലാക്കൂ സത്യം മനസ്സിലാക്കൂ നമ്മളെ തളർത്തുന്നത് മറ്റാരും അല്ല നമ്മളെ തളർത്തുന്നത് നമ്മൾ കുറെ കാലമായിട്ടങ്ങനെ കാരണം നമ്മുടെ ഈ നമ്മുടെ ഈ ഇന്ത്യൻ സിസ്റ്റം ഓഫ് ലൈഫ് ഉണ്ടല്ലോ അത് വാസ്തവത്തിലൊരു വഴിതെറ്റിച്ച ജീവിതമാണ് കുട്ടിക്കാലത്തെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നിങ്ങൾ ഈ അമേരിക്കൻ കൺട്രിയിലൊക്കെ നോക്കൂ നിങ്ങൾ അവിടെയൊന്നും കുട്ടികൾക്ക് ചെറുപ്പ പേടില്ല കാരണം അവരെ പേടിപ്പിച്ചിട്ടല്ല വളർത്തുന്നത് നമ്മളെ കുറെ തെറ്റായ ധാരണകളിൽ അങ്ങനെ കുരുക്കിയിട്ട് കുരുക്കിയിട്ട് ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ഒന്നും പിന്നീട് അങ്ങോട്ട് നേരിടാൻ പലരും ഞാൻ എനിക്ക് അത്ഭുതം വരാറുണ്ട് ഞാനൊരു വളരെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരാളുടെ കൂടെ താമസിക്കാനാണ് വന്നു പ്രസിദ്ധനായിട്ടുള്ള ഒരാൾ രാത്രി ഒരു പത്ത് മണിക്കാളുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച കിടക്കുന്നത് ചാട്ടം െന്തോ അപകടം ഉണ്ടായിരുന്നു അപ്പെന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ക്രോക്രോച്ച് ഈ സാധനങ്ങൾക്ക് പേടി നോക്കണേ ഓരോരുത്തരുടെ ദൗർബല്യം കൂറെ ഒക്കെ പേടി എത്ര വലിയൊരു മനുഷ്യൻ ഞാൻ അവിടെ ചാടിയിട്ട് ഇതിനെ പിടിച്ചിട്ട് പറഞ്ഞു പാവം ജീവിക്കുന്നുണ്ട് കാരണം നമ്മൾ ആഴ്ചയിലാഴ്ചയിൽ വീട് മാറുന്നവർ അവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണേ കൊതുക് മൂട്ട എന്തെല്ലാം ജീവികളുടെ കൂടെ ജീവിക്കണം ഇവരെയൊക്കെ ശത്രുക്കളായി കാണാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ കൂടെപ്പുറപ്പ് പോലെയാണ് അവരൊക്കെ ചില സമയത്ത് ബാഗിലും അവരൊക്കെ നോക്കെ ആ സാധനം അത്ര പേടി ഇന്നത്തെ കുട്ടികളെയൊക്കെ നോക്കുന്ന ഞങ്ങൾ പല്ലിയൊക്കെ ഉണ്ട പേടി ബിസാഡ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കെന്തോ ബിസാഡ് പോലെയാണ് ജീവിതം അങ്ങനെ ആക്കി എടുത്തു നമ്മൾ കുട്ടിക്കാലത്തെ അവരിൽ ഉണ്ടാക്കി വെച്ച സൈക്കിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ചില സ്ട്രോക്കുകളാണ് ഹേയ് അരുത് തുടരുത് കാണരുത് പോവരുത് ഹേയ് ആ സാധനം അതിങ്ങനെ ഒരു പേടി ഉണ്ടാക്കി വെക്കും പിന്നെ അത് മനസ്സിൽ കിടന്ന് കടന്ന് കടന്ന് കടന്ന് പേടി കുട്ടിക്കാരത്തെ കള്ളൻ കള്ളൻ കള്ളന്ന് പറഞ്ഞ് പേടിച്ചാൽ പിന്നെ രാത്രിയായ വരുന്നവരൊക്കെ പേടിയും അവര് കല്യാണം കഴിച്ചാലും പേടി തന്നെയാണ് ആരോ മുട്ടിയപ്പം ഭാര്യ പറഞ്ഞു കള്ളനാ തോന്നണുട്ടോ നിങ്ങളൊന്ന് പോയി നോക്കുമെന്ന് ഇദ്ദേഹം പറയുകയാണ് ഞാൻ കട്ടിന്റെ ചുവട്ടിൽ ഓടിക്കാൻ നീ പോയിട്ട് നോക്കിയിട്ട് വാർന്ന കുട്ടിക്കാലത്തെ പേടി ജീവിച്ചത് കാലമായി ദുർബലരാക്കി വെച്ചിരുന്നു വീതിരുന്നൂ ദാര് കൽപ്പിച്ചതാണ് മനക്കൽപ്പിതം ആളുകൾ ഉണ്ടാക്കുന്നതല്ല ഇത് നമ്മുടെ മനസ്സുണ്ടാക്കിയതാണ് ഡോൺ ബ്ലെയിം അതേഴ്സ് ആക്സെപ്റ്റ് അവർ ഓൺ വീക്ക്നെസ് അപ്പൊ ഇതിൽ നിന്ന് പുറത്തു വരണം അതെന്താണ് ഐക്യ അഭ്യാസശീലോ ഹൃദയമിക യഥാശക്തി ബുദ്ധിയാ നിരുദ്ധ്യാം എന്താ വഴി ബുദ്ധിയാ ബുദ്ധി കൊണ്ട് നിരോധിക്കണം ശക്തിയോട് നിരോധിക്കണം ഐക്യ അഭ്യാസശീലോ നിരന്തരമായ അഭ്യാസത്തിലൂടെ ബുദ്ധി കൊണ്ട് നിരോധിക്കണം എന്താ നിരോധിക്കേണ്ടത് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് പേടിയില്ല കാരണം കൂടെ ഒരാളുണ്ടെന്നുള്ളൊരു ധൈര്യം അല്ലേ ഒരാൾ ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പേടി വരുന്നത് അപ്പൊ കൂടെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് ധൈര്യം തരുമെങ്കിൽ നമ്മൾ നോക്കിയിട്ടോ അത് ഭയം വരുമ്പോഴൊക്കെ നമ്മൾ ആളുടെ കൂടെ കൂടും മറ്റുള്ളവരുടെ കൂടെ രാ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ലൈറ്റുള്ള സമയാണെങ്കിൽ ലൈറ്റുള്ള സമയാണെങ്കിൽ എല്ലാവരും അവരവരുവരുടെ മുറിയിൽ പോവും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ബോംബൊന്നല്ലത് ഒന്നും ആവശ്യമില്ല ബോംബൊന്നല്ല അടുത്തേക്ക് അടുത്തേക്ക് വരണ്ട നിളാരം പറഞ്ഞ പൊട്ടുന്നേക്കും ആ അപ്പോ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ലൈറ്റുള്ള സമയം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുന്ന കോൺഷ്യസ് ആയിട്ടാണ് അപ്പോ ലൈറ്റ് ഉള്ള സമയാണെങ്കിൽ എല്ലാവരും അവരവരുടെ മുറിയിൽ പോവും അല്ലെ ലൈറ്റ് അങ്ങനെ പെട്ടെന്ന് പോയാലോ എല്ലാം വലുതു വന്നു എല്ലാവരും മുറിയിലെത്തി ഭയം വരുമ്പോ നമുക്കൊരു സപ്പോർട്ട് വേണം പ്രകാശമുള്ളപ്പോ നമുക്ക് ആരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾക്ക് പലരുടെയും സപ്പോർട്ട് ആവശ്യം വരുന്നത് നിങ്ങൾ പ്രകാശത്തിലല്ല ഇരിക്കുന്നത് ഇന്ന് നമുക്ക് പലരുടെയും സപ്പോർട്ട് ആവശ്യം വേണ്ടി വരുന്നത് നമ്മളിപ്പോഴും ഇരുട്ടിലാണ് ഇരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഏതിരുട്ടില് ഞാൻ ഏകനാണ് ദുർബലനാണ് എന്ന ഇരുട്ടിലാണ് ഇരിക്കുന്നത് ഇനി ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു എന്താ വഴി ഞാൻ ഒറ്റയ്ക്കല്ല കൂടെ ഭഗവാനുണ്ടെന്ന പ്രകാശം ഉള്ളിൽ തെളിയില്ല ജ്ഞാനതിമിരാന്താനാജനശലാകയ ചക്ഷുരൻ മീലിതം ജേന തസ്മൈ ശ്രീ പുരവേന ആ തത്വത്തിലേക്ക് നമ്മൾ ഉയരണം ഭഗവതത്തിൽ പറയുന്നത് പോലെ അച്യുത പാദംബുജോപാസനം അച്യുതന്റെ പാദത്തെ നിത്യം ഉപാസിക്കുന്ന ഒരാൾക്ക് മഞ്ഞേ അകുതസ് ഭയം എവിടെയാണ് ഭയം അപ്പൊ നമ്മളുണ്ടാക്കിവെച്ച ചില മനോവികാരങ്ങൾ ഇന്ന് നമുക്ക് നമ്മളെ സ്വാധീനിച്ചിരിക്കും ഇനി ആ വികാരങ്ങളെ വിചാരങ്ങളെ കൊണ്ട് ബുദ്ധിയ ചിന്തകളെ കൊണ്ട് മാറ്റി നിർത്തണം ഞാൻ ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കാണോ ഇത് നിങ്ങൾ വിചാരിച്ചാൽ തന്നെ ഉണ്ടല്ലോ മനസ്സിനൊരു ഒരു ധൈര്യം കിട്ടും ഈ ധൈര്യം കൊണ്ട് വേണം നമ്മൾ എന്തിനെ നശിപ്പിക്കാൻ ശക്തിബുദ്ധ്യാ നിരുദ്ധ്യാം ബുദ്ധി കൊണ്ട് നിരോധിക്കണം ആരെ മനസ്സ് ഭയപ്പെടുത്തുമ്പോഴൊക്കെ ദുർബലപ്പെടുത്തുമ്പോഴൊക്കെ ബുദ്ധി കൊണ്ട് നിരോധിക്കണം ആരെ നിരോധിക്കണം മനസ്സിലായില്ലേ നിങ്ങൾക്ക് മനസ്സിനെ നിരോധിക്കണം മനസ്സ് വീണ്ടും നമ്മളോട് പറയും ദുർബലരാണ് ഒറ്റയ്ക്കാണ് ആരുമില്ല എന്നൊക്കെ മനസ്സ് പറയുമ്പോൾ ഉടനെ പറയണം ഒറ്റയ്ക്കല്ല കൂടെ ഭഗവാനുണ്ട് തളരേണ്ട ആവശ്യമില്ല ഞാൻ ഇരുട്ടിലല്ല ഞാൻ പ്രകാശത്തിലാണ് കൂടെ ഭഗവാനുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ആരെ പിടിച്ചു നിർത്തണം മനസ്സിനെ പിടിച്ചു നിർത്തണം വാസ്തവത്തിലല്ലോ നശിപ്പിക്കുന്നത് സമൂഹമോ നശിപ്പിക്കുന്ന രോഗമോ അല്ല നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കൂ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡോക്ടർമാരോട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പലരും പറയുന്നത് രോഗമല്ല ഒരാളെ നശിപ്പിക്കുന്നത് ഭയമാണ് നശിപ്പിക്കുന്നത് അല്പം രോഗം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് പേടി വന്നാൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് കാരണം ഭയം വരുംതോറും ടോക്സിൻ ഉൽപ്പാദനം കൂടും ബോഡിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ചെറിയ നല്ല വെളുത്ത ദേഹമുള്ള കുട്ടികൾ എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ അവരുടെ ബോഡിയുടെ നിറം എന്തായിരിക്കും അല്ലേ അതെന്തുകൊണ്ടാണത് വിഷാംശം ബോഡി ബ്ലഡിലേക്ക് കയറുന്നത് ടോക്സിൻ നമ്മുടെ ബോഡിയിൽ ടോക്സിൻ ഉണ്ട് അത് കയറുകയാണ് അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക നേരെ മറിച്ച് നിങ്ങൾക്ക് ഭയമില്ല എങ്കിൽ നമുക്കതിന്റെ ഉൽപാദനത്തെ പിടിച്ചു നിർത്താൻ സാധിക്കും രോഗം അവിടെ തന്നെ ഉണ്ടാവുള്ളൂ ക്യാൻസർ എവിടെയോ അവിടെ തന്നെയാണ് പിന്നെ സ്പ്രെഡ് ചെയ്യില്ല ഈ സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണം ഭയമാണ് അത് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണത് ചിന്തിക്കൂ നിങ്ങൾ രമണമാർഷിയൊക്കെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഷോൾഡറിലെ ക്യാൻസർ അതിനപ്പുറം പോലെയത് അത്ര വിബോധ്യമാണത് അതിനെന്നെ തളർത്താൻ സാധ്യമല്ല രമണമഹർഷിക്ക് തൊണ്ട മുഴുവൻ ക്യാൻസറാണ് അതിലപ്പുറം പോവില്ലത് ശ്രീരാമകൃഷ്ണൻ പ്രൊഫസർ എത്ര എത്ര മഹാത്മാക്കള് അവരൊക്കെ പല രോഗങ്ങളിൽ അവരെ പക്ഷെ അവരൊന്നും രോഗത്തിൽ തളർന്നില്ല അവര് രോഗത്തിനവരെ തളർത്താൻ കാരണം അവര് രോഗത്തെ ഭയങ്കര നമ്മൾ പലപ്പോഴും ഇതെല്ലാം ഭയക്കാണ് അപ്പൊ അത് കൂടുതൽ വേഴ്സ്റ്റ് ആവാണ് ഈ എന്താണ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആവുന്നതും അത് കോംപ്ലിക്കേഷൻ ആവുന്നതും ഇത് കോംപ്ലിക്കേറ്റ് ആക്കുന്നത് നമ്മുടെ ഭയമാണ് അറിയാണ് നിങ്ങൾ ഡോക്ടർമാരോട് കൂടുതൽ ചോദിച്ചു നോക്കൂ അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയുന്നത് മെഡിസിൻ പോലും എഫക്ട് ചെയ്യാത്തത് കാരണം ആളുകൾക്ക് അപ്പോഴും പേടി അത് മാറോ മാറോ മാറുന്നു പനി വരുമ്പോഴേക്കും പേടി ഇത് ചിക്കൻ കുനിയാണോ മട്ടൺ കുനിയാണോ അതുണ്ടോ എനിക്കറിയില്ല കാരണം ചിക്കൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾക്ക് അപ്പോഴേക്കും പേടി ഇതെന്ത് പനി എന്ത് പനിയാണെന്ന് പോരെ ഒരു ഡൗട്ട് നിങ്ങൾ അടുത്തുകൂടെ പോയാൽ മതി കഴിഞ്ഞു നിങ്ങൾ കഴിച്ച പായസം പുറത്തു കൊണ്ടുവരാൻ അധികുന്ന സമയം വേണ്ട കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെ കഴിച്ചതിന് ശേഷം പറഞ്ഞാ മതി ആ വെപ്പുകാരം പറഞ്ഞാൽ മതി ആർക്കെങ്കിലും പായസത്തിൽ നിന്ന് ഒരു തുണിക്കഷ്ണം കിട്ടിയാൽ എനിക്ക് തരണം എന്റെ കർച്ചീഫാണെന്ന് അത് കൈക്കലിയായിട്ട് പിടിച്ചതാണ് അയാൾ പായസ ചെമ്പിടുത്ത് വെക്കാൻ എന്നിട്ട് അയാൾ എങ്ങനെയൊന്ന് പിടിക്കുകയും ചെയ്യാം കണക്കായില്ലേ നാ പായസം അപ്പം പുറത്തേക്ക് തട്ടി ഉണ്ടാവുന്ന കാരണം മനസ്സിനെപ്പോഴേക്കും സംശയങ്ങളും ഭയവുമില്ല ചിതൊരു വാക്ക് മതി നിങ്ങളെയൊക്കെ വീഴ്ത്താൻ ഒറ്റ വാക്ക് അവിടെ കിടക്കും നമ്മൾ പക്ഷെ നമ്മൾ ശക്തിബുദ്ധിയാ നിരുദ്ധ്യ മനസ്സ് നമ്മളെ തളർത്തിയാലും ബുദ്ധി കൊണ്ടതിനെ തടയണം അതത്ര എളുപ്പമല്ല അതിനെന്താ വഴി മായാവിദ്ൻ പുനരഭിനതാപാദി മായാദിനാഥം മായാദിനാഥം മായാദിനാഥം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മളെ ദുർബലമാക്കുന്ന ശക്തി പുറത്തേക്ക് ആകർഷിക്കുന്ന ശക്തിയാണ് മായ എന്ന് പറയുന്നത് മായാധിനാഥൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ആകർഷിക്കുന്ന ബുദ്ധി അകത്തേക്ക് ഈശ്വരനിലേക്ക് ആകർഷിക്കുന്ന ബുദ്ധി കൊണ്ട് പുറത്തേക്ക് ആകർഷിക്കുന്ന മനസ്സിനെ നമ്മൾ നിരുദ്ധ്യം തടയണം മനസ്സിലാവുക നിങ്ങൾക്ക് ഭയം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സെങ്ങോട്ട് ആകർഷിക്കും പുറമേയുള്ളൊരു വസ്തുവിനെയോ വ്യക്തിവിനെയോ ആകർഷിക്കാം എന്നിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ ബുദ്ധി അകത്തുള്ള ഈശ്വരലേക്കാണ് ആകർഷിക്കുന്നതെങ്കിൽ കൂടെ ഗുരുവായൂരപ്പനുണ്ടെന്ന ബോധത്തിലേക്കാണ് ആകർഷിക്കുന്നതെങ്കിൽ ആ മായയെ നമുക്ക് തരണം ചെയ്യാൻ തടയാൻ നമുക്ക് സാധിക്കും നിങ്ങളുടെ നേരെ ഒരു പട്ടി ഓടി വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു വടി ഉണ്ടെങ്കിലോ ചിലർക്ക് വടി കിട്ടിയിട്ടും കാര്യമില്ല എന്നാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു കോൺഫിഡൻസ് ഉള്ള ആളാണ് നല്ലൊരു വടിയുണ്ടെങ്കിലോ പേടിയുടെ ആവശ്യമില്ല നിങ്ങളൊരു നിൽപ്പ് നിന്നാൽ മതി പട്ടി അതുപോലെ പോവും പട്ടിക്ക് മനസ്സിലാവും ഇവൻ പട്ടിക്കും നാഥനാണെന്ന് അവൻ അടുക്കില്ല എന്ന് പറയുന്നത് അല്ലേ നേരെ മറിച്ച് നമ്മൾ പട്ടി കാണുമ്പം നമ്മളെ ഓടാൻ കഴിഞ്ഞാൽ അവന് ശക്തി കൂടും വിവേകാനന്ദ സ്വാമികൾ അതിനെക്കുറിച്ചൊരു കഥ പറയും പണ്ട് കൽക്കട്ടയിൽ സിറ്റിയില് വലിയ കൊരങ്ങന്മാരുണ്ടായിരുന്നു അത്രേ ഇപ്പോഴും ചില ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ പോയി അയോധ്യയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഭാഗങ്ങളിലൊക്കെ അയോധ്യത്തിന് വൃന്ദാവനം ധാരാളം നമ്മുടെ മധുര വൃന്ദാവനം ഭഗവാൻ കൃഷ്ണൻ ലീലയാടിയ സ്ഥലമുണ്ടോ ഓ അവിടുത്തെ കുരങ്ങന്മാര് വളരെ എക്സ്പേർട്ടുകളാണ് അവർക്ക് രണ്ടു കാര്യമേ വേണ്ടു കണ്ണട എടുക്കും അവര് പേഴ്സ് കൊടുക്കും ഇപ്പൊ മൊബൈൽ ഫോൺ കൊടുക്കുന്നു എന്തിനാ അറിയില്ല അവർക്ക് ആവശ്യമാണ് ഈ മൂന്ന് സാധനം അവർ കൊണ്ടുപോയി ഉണ്ടാവും ഞങ്ങൾ കഴിഞ്ഞ അവിടെ സപ്താഹം നടത്തി അപ്പൊ എന്റെ കൂടെ ഒരു പത്തുനൂറ് ഞങ്ങൾ ഓരോ അമ്പലത്തിൽ ഇങ്ങനെ ബതിലേക്കേണ്ടി പോവും പോകുന്ന വഴിക്കൊക്കെ പറയുന്നേ കണ്ണട വയ്ക്കരുത് കണ്ണട വയ്ക്കരുത് സൂക്ഷിക്കണം എന്നാലും ചിലർ പറയും കൂടെ ഉള്ളത് അവളന്നെയാണെന്ന് അറിയുന്ന കണ്ണട വേണമെന്നാണ് കാരണം കൂടെ അവരുടെ കൂടുള്ള ആളാണോ ഓർമ്മിക്കണമെങ്കിൽ കണ്ണട വേണം എവിടെ കണ്ണട വെച്ച് രണ്ടടി അടിക്കുമ്പോഴേക്കും എവിടുന്നവൻ വരുന്ന ഒരു കൊണ്ടുപോയി പിന്നെ അവൻ അത് കടച്ച് കേടു അവനെടുവില്ല കാരണം അവൻ ആവശ്യമില്ല ഇറങ്ങനെ അപ്പൊ ആ കൊണ്ടുപോകുന്ന ഒരു കാലം ഇവിടെയുള്ളി കൽക്കട്ടയിലും വിവേകാനന്ദ സ്വാമികൾ സാധനം വാങ്ങിച്ചുകൊണ്ടിരും അപ്പം രാമകൃഷ്ണ മനോസരിയുടെ കൂടെയുള്ള താമസം ഈ കൊരങ്ങന്മാര് മരത്തിൽ നിന്ന് ചാടി പിടിച്ചു വലിച്ചു കൊണ്ടുപോകും ഒരു ദിവസം ഇദ്ദേഹം നിശ്ചയിച്ചു നല്ലൊരു മുട്ടൻ വടിയും കണ്ടെടുത്തു കൊരങ്ങൻ വരുമ്പോൾ കൊടുത്തു ഒന്നിന് നല്ലവണ്ണം കിട്ടിയതും ബാക്കി കുരങ്ങന്മാര് മാറുന്നിടത്ത് വലിയൊരു കുരങ്ങനാണല്ലോ എന്ന് കാരണം അവർക്ക് ഇതുവരെ ആരടുത്തും കിട്ടിയിട്ടില്ലേ പട്ടേ അതിനുശേഷം വിവേകാനന്ദ സ്വാമികൾ പറയാണ് ഞാൻ ആ സീറ്റ് കൂടെ നടന്നാൽ കുറങ്ങെ നോക്ക പോലുമില്ല അത് അത്ര നേരി അദ്ദേഹത്തിനെ അപ്പൊ നമ്മൾ ദുർബലരായാൽ ബാക്കിയുള്ള ശക്തിക്ക് ശക്തി കൂടും നമ്മൾ ശക്തരായാലോ ഏ അപ്പൊ നിങ്ങളെയൊക്കെ അങ്ങോട്ട് ജയലളിതയുടെ സ്ഥാനത്തേക്ക് വെക്കുകയായിരിക്കും പിന്നെ നിങ്ങളെ പിടിച്ചു നടക്കും ജനങ്ങൾ അല്ലേ ശരിയല്ലേ അത്ര ശക്തി നിങ്ങൾക്കും ഉണ്ടാവും ചിന്തിക്കും നിങ്ങൾ അപ്പൊ നമ്മളിലൊക്കെ ഒരു ജയലളിത ടക്കുന്നുണ്ട് അത് അവസരം കിട്ടാത്തോണ്ടാ പുറത്ത് വരാത്തത് അതിനവസരം കിട്ടണമെങ്കിൽ എന്താണ് ശവമഞ്ഞത്തിന് ഉള്ളി പുറത്തുവിടണം ജലതയ്ക്ക് അപ്പോഴാ മനസ്സിലായത് അത്രേ കാരണം അണ്ണാദ്ദേഹം മരിച്ചപ്പോഴേ എം ജി ആർ ആ ഡെഡ് ബോഡിയുടെ കൂടെ ഇവരും കേറിയിരുന്നു അത്രേ അപ്പം മറ്റേ ആദ്യത്തെ വൈഫുണ്ടല്ലോ ഒരു തള്ളു വെച്ചു അന്ന് ഇവർക്ക് മനസ്സിലായി അങ്ങനെയൊന്നും വീണാൽ പരിക്കുപറ്റില്ല എന്ന് അന്ന് മനസ്സിലായിത്രേ എന്ത് എനിക്കൊരു ശക്തിയുണ്ടെന്ന് കാരണം തള്ളലിൽ താങ്ങാനുള്ളൊരു ശക്തി ഇല്ലല്ലോ അന്ന് മുതൽ അടിച്ചു കയറിയെന്നാണ് അപ്പൊ നമ്മളിപ്പൊ അത് വേണ്ടി ഒരാ വേണ്ട രണ്ടു ഭർത്താവ് രണ്ടു ഭാര്യ തൽ ചെയ്യാൻ പ്രയാസം അപ്പോ അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലും ശക്തി ഇല്ലാ പറയാൻ പറ്റില്ല എല്ലാവരുടെ ഉള്ളിലും എന്തുണ്ട് ശക്തിയുണ്ട് അത് നമ്മൾ പുറത്തു കൊണ്ടുവരണമെങ്കിൽ മായാദിനാഥം ഈ മനസ്സിനും നാഥനായിരിക്കുന്ന ഈശ്വരനെ തന്നെ മുറുകെ പിടിക്കാൻ ആരെ പരിശീലിപ്പിക്കണം ബുദ്ധിയെ പരിശീലിപ്പിക്കണം ബുദ്ധിമയങ്ങരുന്ന എന്നിട്ടോ തത്വാമ്പത്യ മഹത്യ സതന മനോരൻ നിരന്തരം നിരന്തരം രാവിലെ എണീറ്റിട്ട് കുറച്ചു അത് ഭജനം ചെയ്ത് ഉറപ്പിക്കുക എന്റെ കൂടെ ഭഗവാനുണ്ട് നിങ്ങൾക്കൊരു എളുപ്പവിദ്യ പറഞ്ഞത് രാവിലെ എണീറ്റുടനെ കിടക്കയിൽ നിന്ന് എണീറ്റ് വരുന്നതിന് മുമ്പ് മനസ്സ് കുറച്ചു നേരം പ്രാണായാമം ചെയ്യുക മിനിറ്റ് ധാരാളം ശ്വാസം അകത്തി എടുക്കുക എന്നിട്ട് ശ്വാസം പുറത്തുവിടുന്നതിന് മുമ്പ് ഭഗവാനെ സങ്കല്പിച്ചോ ആത്മരൂപത്തിലോ കണ്ടുകൊണ്ട് ഭഗവാനെ എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് ഇനി ഈ നിമിഷം ഞാൻ അങ്ങയുടെ കൂടുണ്ട് അങ്ങ് എന്റെ കൂടെ ഉണ്ട് അങ്ങോട്ട് ഉറപ്പിച്ചേക്കുക എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ജീവിതങ്ങൾ തുടങ്ങുക അങ്ങനെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തും ഇത് എന്ത് നമ്മുടെ മനസ്സിനെ മുഴുവൻ അർപ്പിക്കുക ഇനി എനിക്കൊരു ചിന്തയില്ല എല്ലാം അങ്ങേക്ക് അർപ്പിച്ചിരിക്കുന്നു ഇനി എന്റെ കൂടെ ഭഗവാനുണ്ട് ഈ ഒരു വിചാരം നമ്മൾ കുറെ കാലം അനുഷ്ഠിച്ചാലില്ലല്ലോ ഒരു ദിവസം നമ്മുടെ ബുദ്ധി പറയും നമ്മുടെ കൂടെ ഭഗവാനുണ്ട് ഭഗവാനുണ്ട് ഭഗവാനുണ്ട് അങ്ങനെ നമുക്കൊരു ഉറപ്പ് കിട്ടും അത് പെട്ടെന്ന് വരില്ല എന്ത് വേണം തേൻ ഐക്യ അഭ്യാസശീലോ നിരന്തരമായി അഭ്യാസം ചെയ്യണം നമ്മൾ ഉൾട്ട അഭ്യാസിച്ചു കുറെ വയ്യ ഒറ്റയ്ക്കാണ് ആരെങ്കിലും വേണം കൂടെ കരണ്ട് പോകുമ്പോഴേക്കും നമ്മൾ വിളിച്ചു നാട്ടുകാരെ മുഴുവൻ കാരണം അത്ര ഉറപ്പിച്ചു നമ്മൾ എന്റെ എനിക്കൊന്നിനെയും നേരിടാൻ വയ്യ വയ്യ വയ്യ അങ്ങനെ ഉറപ്പിച്ച് നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം നേരിടാൻ പറ്റുന്നൊന്നും നിങ്ങൾ വിചാരിച്ചെന്ന് കണ്ണാടിയുടെ മുകളിൽ നിന്നിട്ടേ നാളെ മുതൽ നോക്കല്ലേ നേരിടാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നും മസിൽ പിടിച്ചുകൊണ്ടൊന്ന് വരാൻ പോകുന്നില്ലേ അത് രണ്ടു ദിവസം കൊണ്ട് കഴിയും അപ്രകാരം മാറ്റിയെടുക്കൂ എന്നിട്ടോ ഇനി പറയണോ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഭക്തിയിലേക്ക് വരേണ്ടത് ഭക്തേരുത്പത്തി വൃദ്ധി അവതരണജുഷാം സംഗമേനൈവും സാധ്യ പുണ്യവാചാ ശതി ശ്രീമദന തത്സംഗോദേവഭൂയാൻ മമ കലു സതം തൊന്മുഗാതുന്മിഷന്മാഹാത്മ്യ പ്രകാരൈ അവധിജസുദൃഢ പത്തിരുദ്ധൂതാപ പട്ടുകേരിപ്പാട് പറയുന്നു ശ്രീമതാം സംഗമേന ഒരു പണക്കാരനായിട്ടുള്ള കൊണ്ട് നിങ്ങൾക്കും ശ്രീയം കിട്ടും ഒരുവിധം നിങ്ങൾക്കും ഒരു താഴ്ന്ന ജീവിതം ആവില്ല ഒരു വലിയ കോടീശ്വന്റെ കൂടെ ഒരാൾ ജീവിക്കുന്നെങ്കിൽ അയാൾ എന്തെങ്കിലും തരത്തിൽ ഇയാളെ സഹായിക്കാണ്ടിരിക്കില്ല കുറെയൊക്കെ അയാൾ ഒരു എന്താണ് അയാൾ ജനിച്ചത് വളരെ പാവപ്പെട്ട ഫാമിലിയിലാണ് ജീവിക്കുക ആ ജീവിതമാവോ അയാൾ പണക്കാരന്റെ കൂടെ ജീവിക്കുന്ന സമയത്തുണ്ടാവോ ജീവിതം അയ്യോ ഒരു വലിയൊരു കോടീശ്വന്റെ കൂടെ ഒരു ഒരാൾ ഡ്രൈവറായിട്ട് ചേർന്നു വളരെ പാവപ്പെട്ട ഫാമിലിയിൽ അങ്ങനെ ആ പണക്കാരനുമായിട്ട് നല്ലൊരു ഒരു ബന്ധമുണ്ടാക്കി അത്ര ഒരു ബന്ധം കുറെ കഴിഞ്ഞാലില്ലല്ലോ ഈ ഡ്രൈവർക്കും തോന്നും ഞാനും ഒരു പണക്കാരനാണ് പണക്കാരനാണ് കാരണം ആവശ്യമുള്ള കാശൊക്കെ അവർ കൊടുക്കും കാരണം അത്ര സ്നേഹബന്ധം വന്ന സ്ഥിതിക്ക് ഇല്ലേ ക്രമേണ ഒരു പണക്കാരനുമായിട്ടുള്ള സംഘം കൊണ്ട് ഒന്നുമില്ലാത്തവൻ ഒരു പണക്കാരന്റെ ഭാവം അവന്റെ ഉള്ളിൽ വരും കുറെ കഴിഞ്ഞാൽ വരും ഇതുപോലെ തന്നെയാണ് തവചരണജുഷാം സംഗമേന ഭക്തി ഉണ്ടാവാൻ എന്താ വഴി ഭഗവാന്റെ ചരണങ്ങളെ സേവിക്കുന്ന ഭക്തന്മാരുമായി സംഘമുണ്ടാക്കിയാൽ നമുക്കും എന്തുണ്ടാവും ഭക്തിയുണ്ടാവും അപ്രകാരം പുംസാമാസാദ്യ പുണ്യപാചം ശ്രീവതി ജഗതി ശ്രീമതാം സംഗമേന പണക്കാരുടെ കൂടെ ചേർന്ന് ഒരാൾ പണമുള്ളവരെ പോലെയാവുന്നത് പോലെ ഭക്തിയുള്ളവരുടെ കൂടെ ചേർന്ന് നമ്മളും അതുകൊണ്ട് പട്ടതിരിപ്പാട് പറയണോ ഭക്തി ഉണ്ടാവാനുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ് സത്സംഗമാണ് സത്തുക്കളുമായിട്ടുള്ള സംഘമാണ് നോക്കൂ ക്ഷേത്രത്തിൽ പോവാനല്ല അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആദ്യം നോക്കൂ നിങ്ങൾ ഭക്തി ഉണ്ടാവാൻ സൽസംഗം തന്നെയാണ് അപ്പോഴേ നമ്മൾ ഭക്തിയിലൂയരുള്ളൂ സൽസംഗം സൽസംഗോ ദേവഭൂയൻ മമഘനു സതം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന എന്താണ് മമ ഘനു സതതം എനിക്കെപ്പോഴും ഉണ്ടാവട്ടെ എന്ത് സൽസംഗോ അങ്ങയുമായിട്ടുള്ള സംഘമുണ്ടാവട്ടെ ഗുരുവായപ്പ തൊന്മുഖാ തൊന്വിഷദ്ധി അങ്ങയെക്കുറിച്ചുള്ള കീർത്തനങ്ങളും നാമങ്ങളും ചൊല്ലിക്കൊണ്ട് തൊൽ മാഹാത്മ്യപ്രകാരേ അവിടുത്തെ മാഹാത്മ്യങ്ങൾ വർണ്ണിച്ചുകൊണ്ടൊക്കെ എന്റെ സുദൃഢാഭക്തി സുദൃഢമായൊരു ഭക്തി എന്നിലുണ്ടാവട്ടെ ഉദ്ദൂതപാപ എന്റെ ദൌർബല്യങ്ങളെല്ലാം എന്നിലൊന്നും ഇല്ലാതെ ഈ പോവട്ടെ അപ്പൊ നമ്മൾ സത്സംഗത്തിലൂടെ നമ്മൾ കേട്ടതിനെ നിരന്തരം അഭ്യാസം ചെയ്ത് വിചാരം ചെയ്ത് ഉറപ്പിച്ചുകൊണ്ട് വേണം നാമസങ്കീർത്തനാദികളൊക്കെ ചെരുതിക്കൊണ്ടു പോയാൽ ക്രമേണ നമുക്കും എന്തുവരും ഭക്തി ഉയരാൻ തുടങ്ങും ഭക്തി ഉയരുകയും വേണം പുഷ്ടി വേണം തേജസ് വേണം ശക്തി വേണം ഇപ്പൊ ചെടികൾ നോക്കിക്കഴിഞ്ഞാലോ വേഗം പറഞ്ഞാൽ മനസ്സിലാവും നിൽക്ക് ഇപ്പൊ നെൽകൃഷി ചെയ്തു നിങ്ങൾ നെല്ല് വളരുണ്ട് പക്ഷെ മഞ്ഞ നിറം കാരണം അതിനൊരു പുഷ്ടിയില്ല അവർ ഇല്ലേ ഒരു ഓജസ് ഒരു തേജസ് അതിനൊരു എന്താണ് ഊർജ്ജം അതിനെ കാണുന്നില്ല അതിന് വേറൊരു വാക്കുണ്ട് തഴച്ചു വളരുക അതാണ് തഴച്ചു വരുത് നല്ലോണം ഒരു തേജസ്സിലത് വരും അത് ഇപ്രകാരം നമ്മുടെ ഭക്തിക്ക് അത് വളരുകയും വേണം അത് വികസിക്കുകയും വേണം ഇത് രണ്ടുമുണ്ടെങ്കിൽ ഉദ്ദൂതാവ പാവം പോവും ഭക്തി എങ്ങനെ വികസിക്കാൻ ശ്രദ്ധിക്കണേ ഈ രണ്ട് വാക്കുകളും നിങ്ങൾ പറയുന്ന നിങ്ങൾ പിടിക്കണം ഒന്നത് വളരണം രണ്ടത് വികസിക്കണം വളരാനാണ് നമ്മൾ ഇവിടെ സത്സംഗങ്ങളിൽ പോകുന്നത് അത് തഴക്കിയല്ലേ തഴച്ചോടെ അല്ലെ അത് കൂടുതൽ ഓജസ്സോടെ പുഷ്ടിയോടെ വരുന്നതാണ് അതിനാണ് നമ്മൾ അമ്പലങ്ങളിലും നാമസങ്കീർത്തനങ്ങളും ചെയ്യുന്നത് അപ്പൊ വളരാൻ നിങ്ങൾ സത്സംഗത്തിൽ പോവാം മറ്റതിന് നിങ്ങൾ തന്നെ പുഷ്ടിപ്പിക്കണം മനസ്സിലാവും നിങ്ങൾക്ക് വെറുതെ നമ്മൾ പാടത്ത് വയലിൽ നെൽമണി കൊണ്ടുപോയിട്ടാലും അത് വളരും പക്ഷേ പുഷ്ടിപ്പെടണമെങ്കിൽ നമ്മളതിന് വളം ചെയ്യണം ഇതുപോലെ നിങ്ങൾ സത്സംഗത്തിന് പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ അത് വികസിക്കണമെങ്കിൽ നമ്മൾ തന്നെ മെനക്കെടണം നല്ലവണ്ണം മെനക്കെടേണ്ടതുണ്ട് മനസ്സിലായില്ലേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദൂത പാപ നമ്മളിൽ നിന്നും ദൗർബല്യങ്ങൾ മനസ്സിന്റെ എല്ലാ ദുർബലതകളും ക്രമേണ ക്രമേണ വിട്ടുപോകും അത് നമുക്ക് അറിയാം ഒരു നാളികേരം അത് നിങ്ങൾ വലിക്കണമെന്നില്ല നല്ലവണ്ണം മൂത്തു കഴിഞ്ഞാൽ തന്നെ അത് താഴെ വീഴുന്നത് ഉദ്ദൂതപാപ പാപം തീരും ഇതുപോലെ നമ്മളിങ്ങനെ പോഷിപ്പിച്ചു കൊടുത്താൽ മതി ബാക്കിയൊക്കെ പോയിക്കോളൂ എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ശ്രേയോ മാർഗേഷഭക്തോ അധിക ബഹുമതി ജന്മകർമാണി ഭൂയോ കായം ക്ഷേമാണി നാമാനിധ്രുതം പ്രധ്രുതാത്മാദ്യാസാജൻ ക്ഷേയോ മാർഗേഷു ഭക്തോ അധിക ബഹുമതി ക്ഷേയോമാർഗങ്ങൾ അനവധിയുണ്ട് കർമ്മത്തിന്റെ മാർഗമുണ്ട് ജ്ഞാനത്തിന്റെ മാർഗമുണ്ട് അതുപോലെ അഷ്ടാംഗയോഗത്തിന്റെ മാർഗമുണ്ട് പ്രാണായാമത്തിന്റെ മാർഗമുണ്ട് അനവധി മാർഗങ്ങൾ പല ആചാര്യന്മാരും ശീലിച്ചു പോയിട്ടുണ്ട് രമണമഹർഷിയുടെ മാർഗം അത് വ്യത്യസ്തമാണ് അല്ലേ അതുപോലെ തന്നെ രാമകൃഷ്ണപരവംസരുടെ മാർഗം അത് വ്യത്യസ്തമാണ് അങ്ങനെ ഓരോ ആചാര്യന്മാർക്കും ഓരോരോ വ്യത്യസ്ത മാർഗമുണ്ട് പക്ഷേ എന്തൊക്കെയായാലും ആചാര്യന്മാര് സമ്മതിക്കുന്നൊരു കാര്യം ഭക്തോ അധിക ബഹുമതി മാർഗങ്ങളിൽ വച്ച് മാർഗം ഭക്തി തന്നെയാണ് കാരണം ഭക്തിയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഗായൻ ക്ഷേമാനി നാമാനി ഭഗവാന്റെ കഥകൾ പാടുകയും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുകയും കീർത്തനങ്ങൾ ചൊല്ലാൻ എല്ലാവർക്കും പറ്റും അതിൽ തന്നെ മനസ്സ് രമിപ്പിച്ചുകൊണ്ട് ലയിപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ ചിന്തകളും ഇട്ടുകൊണ്ട് നമുക്ക് ലയിക്കാനും മുഴുകാനും സാധിച്ചു കഴിഞ്ഞാൽ പ്രദ്രുതം പ്രദ്രുതാത്മാ എളുപ്പം എളുപ്പം നമ്മുടെ മനസ്സ് ഉയരാൻ തുടങ്ങും ഇപ്പൊ ഭക്തിക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ആ കഥകളിലേക്കൊരാകർഷണം ആ കഥകൾ കേട്ടുകൊണ്ട് നമുക്ക് നാമങ്ങൾ ചൊല്ലാനുള്ള ഒരു ഉത്സാഹം നാമങ്ങൾ ചൊല്ലുമ്പോൾ ബാക്കിയുള്ള ചിന്തകളെല്ലാം മറക്കാനുള്ളൊരു താൽപര്യതൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ഭക്തി കൊണ്ട് തന്നെ ഉയരാൻ സാധിക്കും കുറെ കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു ഉന്നതിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗർജൻ നമുക്ക് വാക്കുകളിടറും കായൻ പ്രകായൻ ഉന്മാദൻ പ്രതിത്യൻ നിങ്ങൾ തന്നെ നിങ്ങളെ മറന്നു പോകുന്ന പറയാണ് ആ ഒരു അനുഭൂതി നമുക്ക് വരുമ്പോൾ നമ്മൾ പുറമേ ഉള്ള പോലും മറക്കും കാരണം നമ്മൾ എത്ര നേരം അനുഭൂതിയിലിരുന്നു നമുക്ക് തന്നെ അറിയില്ല നാമസങ്കീർത്തനത്തിന്റെ ലഹരിയിൽ ഭഗവാനെ ചിന്തിക്കുന്നതിന്റെ ലഹരിയില് സമയം പോകുന്നത് പോലും അറിയില്ല എപ്പോ നോക്കും നിങ്ങൾ വിളിയിരിക്കണം നിങ്ങൾക്ക് സമയം പോകുന്ന അറിയുന്നുണ്ടോ അറിയില്ല നമുക്ക് സമയം എത്രയാവുന്നത് കാരണം നമ്മൾ അതിലേക്ക് അങ്ങനെ മുഴുകി മുഴുകി മുഴുകി സമയം പോലും നമുക്ക് എന്താ സംഭവിക്കുന്നത് ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മളറിയാതെ തന്നെ എടുത്തുയർത്താൻ നമുക്ക് സാധിക്കും എന്ന് ഇവിടെ പറയുകയാണ് ഈ ബാഹ്യമായിട്ടുള്ള ലോകവുമായിട്ടുള്ള ബന്ധം ക്രമേണ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരും എന്നിട്ടോ പറയണോ ഭൂതേദി ഭൂതാത്മകപ്പ സകലം പക്ഷിമത്സയാന്മൃഗാദീൻ മയാന്മിത്രാണി ശത്ൂന എതമതി തന്മയാന്യമാനീ വസേവായ ഹിസി അമതവകൃ അതിദാഡ്യം വിരാഗ ത്ത്തത്വ്യവോധോ വിജഭൂനവേ യജ്ഞേദം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഏതാനി ഭൂതാനി ഈ കാണുന്ന ഭൂതങ്ങളെല്ലാം ഭൂതാത്മകം അവിടുത്തെ തന്നെ ആത്മസ്വരൂപമാണ് അവിടുന്ന് തന്നെയാണ് അവരുടെ ഉള്ളിലിരിക്കുന്നത് എന്ന ബോധത്തോടെ പക്ഷി മത്സ്യാൻ വൃഗാദീൻ മത്യാൻ മിത്രാണി ശത്രുൻ ഇവരെയൊക്കെ ഞാൻ നമസ്കരിച്ചുകൊള്ളാം ആരൊക്കെ മത്സ്യം പക്ഷി മൃഗങ്ങൾ മർത്യൻ മിത്രാണി ശത്രു കേ ഇവരെയൊക്കെ ഞാൻ അങ്ങ് അവരുടെ ഉള്ളിലുണ്ട് എന്ന ബോധത്തോടെ നമസ്കരിച്ചുകൊള്ളാം ഇപ്രകാരം സേവായം അങ്ങേ സേവിച്ചുകൊള്ളാം ഇതാണ് ഭഗവാനെ സേവിക്കേണ്ട മാർഗം ഇതാണ് പട്ടതിരിപ്പാട് നമ്മളെ പഠിപ്പിക്കുന്നത് ആളുകൾ ഇതാണ് തെറ്റിദ്ധരിക്കുന്നത് അമ്പലത്തിൽ പോയിട്ട് വിഗ്രഹത്തിൽ കുറെ പൂക്കളും കുറെ എന്താ വെള്ളം ഒഴിച്ചാൽ ഭഗവത് സേവയായിരുന്നു സേവ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരിൽ പോലും ഭഗവാനുണ്ടെന്ന് മനസ്സിലാക്കി നമസ്കരിക്കരാണ് തൽക്കാലം നമുക്ക് അത്രത്തോളം പോണ്ട അറ്റ്ലീസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്നെങ്കിലും തുടങ്ങണം അല്ലേ ഭർത്താവിലും മക്കളിലും കുട്ടികളിലും നമ്മുടെ തൊട്ട ആളുകളിലൊക്കെ ആരുണ്ട് ഭഗവാനുണ്ട് എന്നുള്ള ബോധത്തോടെ കൂടെയെങ്കിലും നമ്മൾ പെരുമാറാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു മാറ്റമായി പിന്നെ മതി ശത്രുക്കളെയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി അതും കഴിഞ്ഞിട്ട് മതി മൃഗങ്ങളെയൊക്കെ കാരണം കുറേ കൂടി ബുദ്ധിമുട്ടാണ് റോട്ടിലൊരു പട്ടി വരുന്ന സമയത്ത് ഒരു നിമിഷം പട്ടി നിൽക്കൂ ഭഗവാൻ പറഞ്ഞിരിക്കണോ നിങ്ങളെ സേവിക്കണമെന്ന് ഞാനൊന്ന് ഉദ്ധവരോടൊക്കെ പറയണത് കേട്ടുകഴിഞ്ഞാലോ നമ്മള് സത്യം നമ്മളിതൊന്നും ഭക്തിയിൽ കണക്കാക്കില്ല ഉദ്ധവരെയൊക്കെ ഭഗവാൻ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണം ഉദ്ധവരോട് പറയാണ് ഉദ്ധവരെ ഇനിയും അങ്ങക്ക് ഞാനും അങ്ങും വേറെയാണെന്ന ബോധം ഉള്ളോ ഉണ്ടെങ്കിൽ അങ് ഒരു കാര്യം ചെയ്യോ അങ്ങ് ആശ്വചണ്ടാള ഗോകരം ഭൂമവൽ ദണ്ടോ എന്നാണ് ഈ ഭൂമിയിൽ ദണ്ഡവ നശി നമസ്കരിക്കാൻ അറിയറിയോ കഴുതയെ കാണുമ്പോൾ നമസ്കരിക്കാൻ എത്രയോ ബുദ്ധിമാനായ ഉദ്ധവരോട് മനുഷ്യരെ സന്യാസിമാരെയും ബ്രാഹ്മണനെയും നമസ്കരിക്കാനല്ല പറയുന്നത് പോയി ഭാഗവതത്തിൽ അവസാനം വരികയാണ് ഭാഗവതത്തിൽ ഉദ്ധവരെ പറഞ്ഞേക്കാൻ ബദരിയിലേക്ക് അതിനു മുമ്പ് പറയുന്ന വാക്കുകളാണ് പോയി നമസ്കരിക്കൂ അപ്പൊ അങ്ങേക്ക് മനസ്സിലാവും ആ കഴുകയിലും ആരുണ്ട് ഞാനുണ്ട് അപ്പൊ നമുക്ക് ഈ ബോധമൊക്കെ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം പക്ഷിയും മത്സ്യവും വൃത്താണ് ഇതിനൊക്കെ നമസ്കരിക്കാൻ പറയുന്നത് ഇതൊന്നും നിങ്ങൾ ലിക്ടറലിൽ പോയി പഠിച്ച് ചെയ്യരുത് കാരണം അവർക്ക് ബോധം നിങ്ങളുടെ ഉള്ളിൽ ഭഗവാനുണ്ട് എന്ന് മനസ്സിലായില്ലേ പക്ഷിക്കും ബോധം ഉണ്ടാവില്ല അപ്പോ അത് സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ എന്താർത്ഥം ഭഗവത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രണമേ ബഹുമാനയൻ മറ്റുള്ളവരെ നമസ്കരിക്കലാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കൽ തന്നെയാണ് നമ്മൾ നമസ്കരിക്കുക എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ ഇതാണ് ഇപ്രകാരം ത്വൻസേവായാം ഞാൻ ഭഗവാനെ സേവിച്ചുകൊള്ളാം ഞാൻ ഈ നാരായണിയൊക്കെ വായിക്കുമ്പോഴല്ലോ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് മട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ മുന്നിലിരിക്കുമ്പോഴും ആ ഗുരുവായൂർ വിഗ്രഹത്തെ പൂജിക്കാനല്ല നമ്മളോട് പറയുന്നത് ഇപ്രകാരം നിങ്ങൾ ചെയ്താൽ എന്ത് പൂജയായി ഭഗവത് സേവയായി നമ്മളിന്നിപ്പോ കർക്കിട മാസത്തിലൊരു ഭഗവത് സേവ ഉണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയാ നമ്മളെ പഠിപ്പിച്ച് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ ആ വഴി തെറ്റിച്ചു കളഞ്ഞു രാവിലെ ഒരു ഗണപതി ഹോമവും വൈകുന്നൊരു ഭഗവത് കഴിഞ്ഞാലൊക്കെ സേവ അർത്ഥം ശാസ്ത്രം പറയുന്ന സേവ ഇതൊക്കെയാണ് അത് വേണം അത് തുടക്കക്കാർക്ക് വേണം അവിടെ നിന്ന് നമ്മൾ ഉൾക്കൊള്ളണം എന്ത് ഇവിടെ കൊളത്തിവെച്ച ഈ വിളക്കിലെ ചൈതന്യം തന്നെയാണ് എന്നിലും മറ്റുള്ളവരിലും എന്ന അറിവും അവബോധവും ഉണ്ടാവാൻ അത് വേണം ഒരു എൽ പഠിക്കുന്ന കുട്ടിക്ക് എ ഫോർ ആപ്പിൾ വേണം അല്ലേ അത് കഴിഞ്ഞിട്ട് എന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കയറുന്ന ആപ്പിൾ കൊണ്ട് നടക്കാൻ പറ്റുമോ ഐ മേക്ക് എറ്റ് കൺഫ്യൂഷൻ കാരണം എ ഫോർ ഓറഞ്ച് ഓർ ആപ്പിൾ വേണം അത് ഫുൾ ഇഷ്നസ് ആണത് പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ലേ എന്ന് പറഞ്ഞാൽ എന്താ പവന കോൺസെപ്റ്റ് ഉണ്ടാക്കാനൊരു ആപ്പിൾ കൊടുത്താൽ പെട്ടെന്ന് സാധിക്കരുത് എന്നാ പിന്നെ ഏറോപ്ലെയിൻ പോരെ അത് കൊണ്ടു പറ്റില്ല എളുപ്പം കൊണ്ടു പറ്റുന്ന സാധനം അല്ലെങ്കിലെ പറഞ്ഞാൽ മതി ഏഹോ അപ്പെന്ന് നിങ്ങളൊരു അപ്പുണ്ടാക്കി കൊടുത്താൽ മതി എളുപ്പം ആപ്പിളാണ് കാരണം ബ്രിട്ടീഷുകാർക്ക് അപ്പുണ്ടാക്കാൻ അറിയില്ല ഇനി ഉണ്ടാക്കിയാൽ തന്നെ അവര് അപ്പെന്ന് പറയില്ല ആപ്പെന്നേ പറയുള്ളൂ ഇനി അതൊരു കൺഫ്യൂഷനാകും ഇപ്രകാരം ചിന്തിക്കും നിങ്ങൾ അപ്പൊ നമ്മൾ ആ തരത്തിലുള്ള ഭഗവത് സേവയിൽ നിന്നും ഏത് ഭഗവത് സേവയിലേക്ക് വരണം സർവചരാചരങ്ങളിലും ഭഗവാനുണ്ടെന്ന് ബോധത്തോടെ സേവായാം സിദ്ധിയൻ മതപകർവയാ വട്ടതപ്പാട് ഉറപ്പ് പറയുന്നു ഇത്തരത്തിലുള്ള സേവയിലൂടെ ഭക്തിദാഡ്യം എന്തുവരും ഭക്തിക്കൊരു ഉറപ്പ് വരും ഒരു ക്രിസ്റ്റലൈസേഷൻ വരും കോൺട്രീറ്റിസ് ഈ ഭക്തി എന്നിട്ടോ അതിലൂടെ തന്നെ വിരാഗ ഈ ലൗകിക ബന്ധങ്ങളോടൊരു രും തൽ തത്വസ്യ അവബോധോവി ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധം അതും കൂടി നമുക്ക് ദൃഢമായി തീരും എങ്ങനെ യത്നഭേദം വിനേവ വലിയ യത്നങ്ങളൊന്നും ഇല്ലാതെ സർവചരാചരങ്ങളിലും ഈശ്വരൻ ഉണ്ടെന്ന് കണ്ട് നാം ഉയരുന്ന സമയത്ത് നമ്മുടെ ഭക്തിക്കൊരു ശക്തി കൂടുതൽ കൈവരിക്കാൻ സാധിക്കും ഇതാണ് ഭട്ടുതിരിപ്പാട് നമ്മളെ പഠിപ്പിക്കുന്ന ഏത് ഭഗവൽ സേവ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയോ ഉയരാനുണ്ടോ എന്ന് മനസ്സിലാവില്ലേ സാധാരണകള് വെറും അമ്പലഭക്തിയിൽ പോകുമ്പോൾ നമുക്ക് അറിയില്ല ഉയരുന്നുണ്ടോ എന്നുള്ളത് ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ആ തലത്തിലേക്കൊക്കെ നമ്മൾ എത്താൻ ഇനിയും എത്രയോ നമ്മൾ പോകേണ്ടതുണ്ട് അതുകൊണ്ട് ക്രമേണ ക്രമേണ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ അത് അഭ്യസിച്ചുകൊണ്ട് നമ്മളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂടെ ഭഗവാനുണ്ടെന്ന കാര്യമെങ്കിലും നമ്മൾ ഉറപ്പിച്ചാൽ പിന്നെ നമുക്ക് ക്രമേണ മറ്റുള്ളവരിലും കാണാൻ സാധിക്കും രാമകൃഷ്ണപ്രഹ്മസ്ത്ര പറയും ചോറ് വെന്തോ നോക്കാൻ നിങ്ങളെല്ലാം ഒറ്റടുത്തിട്ട് അമർത്തണ്ട ഏതെങ്കിലും ആദ്യം നിങ്ങളിൽ ആത്മാവാണ് ഈശ്വരൻ എന്ന് പിന്നെ കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള ചോറും വെന്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളവരിലും ആരുണ്ട് ഭഗവാനുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കാൻ സാധിക്കണം नो ോ മുഖ്യം ക്ഷുദ്രടാദ്യവസരണി ഭൈ ത്മിശയത്തൽ ചിന്സാദ്യശാ നിമിഷവമേ ത്പാഗംപ ഇഷ്ടാനിഷ്ടേഷു തുി വ്യസലവിരഹിതോ മായിഗവോധ്യോസ് ത്വേദോന്തരിഗസിചി ഭഗവാനിൽ മനസ്സ് ലയിക്കും തോറും എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം ക്രമേണക്രമേണ ഭഗവാനിൽ നമ്മൾ ലയിക്കും തോറും നമുക്ക് ക്ഷുത്തിടാദ്യ നോമുഹ്യൻ വിശപ്പും നമ്മളെ അലട്ടുകയില്ല നമുക്ക് ഭക്ഷണത്തിനോടൊക്കെയുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരും എന്ന് വെച്ചാൽ എന്താർത്ഥം ഏത് ഭക്ഷണം കിട്ടിയാലും നമ്മളതിനെ പ്രസാദമായി സ്വീകരിക്കുക നമുക്ക് പരാതികൾ ഉണ്ടാവില്ല അങ്ങനെ ഒരു ലൈഫ് വരും നമുക്ക് ഈ ഭക്തി കൂടി വരും തോറും നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം വരും പറയാണ് ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് ഭക്തി വരുംതോറും ആ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല കാരണം അപ്പോഴേക്കും മുളക് കൂടുതലുണ്ടോ ഉപ്പ് വേണം പുളി വേണം ആളുകൾ നാവിന്റെ ടേസ്റ്റിൽ നിൽക്കാൻ കാരണം ഭഗവൽ രസം അനുഭവിക്കുന്നില്ലേ അവരെ അപ്പൊ ഭഗവത് രസം കൂടുന്തോറും ബാഹ്യമായ രസം കുറയും കുറയുന്നുവെന്നാൽ നിങ്ങൾക്ക് ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല അർത്ഥം പനി പിടിച്ചവരുടെ പനി പിടിച്ചാൽ പിന്നെ ഒന്നും രസം ഉണ്ടാവില്ല അതല്ല അതിനർത്ഥം നമുക്ക് എന്ത് കിട്ടിയാലും അത് ഭഗവത് പ്രസാദം ഇതാണ് ഭഗവാൻ എനിക്ക് തന്നിരിക്കുന്ന പ്രസാദം മനസ്സിലായില്ലേ അതുകൊണ്ടായിരിക്കാം നമ്മുടെ എന്താണ് ക്ഷേത്രങ്ങളിലെല്ലാം മധുരമുള്ളതും തരും മധുരവില്ലാത്ത പ്രസാദങ്ങൾ ഇതൊക്കെ വയ്ക്കുന്ന എന്താ വെച്ചാൽ എല്ലാം ഭഗത്താൻ എങ്ങനെ സ്വീകരിക്കണം ഇപ്പൊ ക്ഷേത്രത്തിൽ പോയത് പായസം മാത്രമല്ല ഇവിടെ ചോറും ഉണ്ടാക്കുന്നുണ്ട് നെയറ്റിച്ചോറ് നെയ്റ്റിച്ചോറിന് ഭഗവാൻ എങ്ങനെയാണ് നെയ്ച്ചോറ് ഭഗവാന് ചോറ് കൊടുക്കണം നിങ്ങൾ കണ്ടോരില്ല കേരളത്തിലൊക്കെ കറി വയ്ക്കുകൂടെ സാമ്പാറും ഓരും ധൈര്യം ഉപ്പൊക്കെ വയ്ക്കോ കണ്ടില്ലേ വെറും ചോറ് മാത്രം പായസവും വയ്ക്കും ഇതുപോലെ നമുക്ക് എന്ത് കിട്ടുമ്പോഴും അത് ഭഗവത് പ്രസാദ് എന്നുള്ള രീതിയിൽ നമുക്ക് കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു ജീവിതം വരണം ശരിക്കുള്ളൊരു ഭക്തി അങ്ങനെയാണ് വിശപ്പും ദാഹവും നമ്മളെ അലട്ടില്ല എന്നാ അതിനർത്ഥം വിശപ്പും ദാഹവും ഉണ്ടാവില്ല എന്നല്ല ഇനി നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഇല്ലെങ്കിൽ നിങ്ങൾ ഭക്തി വന്നതുകൊണ്ടാവണം എന്നല്ല വിചാരിക്കുക നിങ്ങൾ ഡോക്ടറെടുത്ത് ആദ്യം ഓടിയിട്ടുണ്ടാവും ഇത് ഭക്തിയുടെ കുഴപ്പമായിട്ട് നിങ്ങൾ ആയിട്ട് നിങ്ങൾ കരുതില്ല അങ്ങനെ അർത്ഥം കരുത് പിന്നെയോ ചിന്താസാധത്യശാലി നിരന്തരമായൊരു സ്മരണ കൊണ്ട് നിമിഷനവം തൊൽപ്രധാനപ്രകമ്പ അവരുടെ മനസ്സൊരിക്കലും ഒരു നിമിഷ ഭഗവാനിൽ നിന്ന് അപ്രകമ്പ ഇളകിപ്പോവില്ല മനസ്സെപ്പോഴും ആരുടെ കൂടെ ഭഗവാനിൽ തന്നെ ദൃഢമായിട്ടുണ്ടാവും ബുദ്ധി എങ്ങനെ പിടിച്ചു നിർത്തും മനസ്സിനെ അപ്രകമ്പനായിത്തീരും നല്ല ദൃഢതയുള്ളവനായി തീരും ഇഷ്ടാനിഷ്ടേഷു ഇഷ്ടം സംഭവിച്ചാലും അനിഷ്ടം സംഭവിച്ചാലും മായികത്വബോധാൽ ഇതെല്ലാം ഭഗവാന്റെ നിശ്ചയമാണ് ഭഗവാൻ ലിച്ഛയാണ് ഇതിങ്ങനെ സംഭവിക്കണം അത് ഭഗവാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തുഷ്ടിവ്യസനരഹിതം അവർക്കൊന്തിനാവില്ല ഒന്നിലും ഒരു തരത്തിലും വ്യസനം ഉണ്ടാവില്ല കാരണം ഭഗവാന്റെയാണത് നഖന്തോജോസ്നാവി അധിക ശിശുദേ അവര് മനസ്സിലെപ്പോഴും ഭഗവാന്റെ ഖത്തിൽ നിന്ന് വരുന്ന പ്രകാശം എന്ന് വെച്ചാൽ പാദപ്രകാശം എവിടെ കാണാൻ സാധിക്കും ഭഗവാന്റെ പ്രകാശം അവരുടെ മനസ്സിൽ കാണാൻ സാധിക്കും ആത്മനാസഞ്ചരിയും അവരാത്മാവായി തന്നെ ഭഗവാനെ കണ്ട് സഞ്ചരിക്കുകൂടിയ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നമുക്ക് ഭക്തി കൂടും നമ്മുടെ വ്യക്തിത്വത്തിലുള്ള മാറ്റം ഒരു കംപ്ലൈന്റുകളില്ല എന്ത് കിട്ടിയാലും ഭഗവാൻ പ്രസാദം എന്ത് സംഭവിച്ചാലും ഭഗവത് നിശ്ചയം ഈ രീതിയിലൊക്കെ നിങ്ങൾ ജീവിതത്തെ കാണാൻ തുടങ്ങും നല്ലതല്ലേ ജീവിതം ഒരു ഒരു പേടി ഉണ്ടാവില്ല നമുക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാവില്ല നല്ലൊരു സോഫ്റ്റ് ലൈഫ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ തീർന്നാൽ ആദരവ് കൂടുകയാണോ കുറയാണോ ചെയ്യുക കൂടുകയാണ് ചെയ്യുക അപ്പൊ നമ്മൾ ആദരവ് കൂട്ടാൻ നോക്കൂ ഇന്ന് വാസ്തവത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പണ്ട് കാലത്ത് പ്രായമുള്ളവരോടുള്ള ഒരു ആദരവ് ഇന്ന് ഉള്ളവരോടില്ലാത്തതിന് കാരണം അവർക്ക് ആത്മീയമായൊരു ജീവിത ചിട്ട ഇല്ല അവർക്ക് അമ്പലഭക്തിയുണ്ട് പക്ഷെ എന്തില്ല ജീവിത രീതികളിൽ വരുന്നില്ല തൊട്ടതിനും പിടിച്ചതിനും കംപ്ലയിന്റും എന്ത് കിട്ടിയാലും ഓരോരോ വിഷമങ്ങൾ പറയലും ഇതൊക്കെയാണ് നമ്മൾ റെസ്പെക്ട് കളയുന്നത് നമ്മളാ ജീവിതത്തിൽ പ്രകടിപ്പിക്കണം ഞാനൊന്നിനെക്കുറിച്ചും പതരേണ്ട ഹീസ് ടേക്കിംഗ് കെയർ ഓഫ് മീ ആൻഡ് ഹീ ലോസ് ബെറ്റർ ദാൻ മീ ആൻഡ് ഐ ആം നത്തിംഗ് മനസ്സിലായി ഞാൻ ആരുമല്ല ഭഗവാനെ യു നോ ബെട്ട ദൻ ഈ പറഞ്ഞുറപ്പിക്കണം നമുക്ക് കാരണം നമ്മൾ ഭഗവാന്റെ മുന്നിൽ വെറും ഒരു ബബിളാണ് ആ ശക്തി ഉള്ളതുകൊണ്ടാണ് അല്ലേ നമ്മൾ നിൽക്കുന്നത് നീ നിങ്ങളൊന്ന് ആലോചിക്കുക ഭഗവാന്റെ ശക്തി ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഒരു ചെറിയ ഒരു ബലൂൺ നിങ്ങൾക്ക് തന്നാൽ അതൊന്ന് കാറ്റി നിറയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഊതി ഫോഴ്സോടുകൂടി ഊതണം അല്ലേ ഒരു ബലൂണില്ല എന്നാലേ നമുക്കതിലെ കാറ്റ് നിറയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ നോക്കൂ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെറിയ ഈ മൂക്കലദ്വാരത്തിലൂടെ അകത്തേക്ക് ശ്വാസം എത്തിക്കണമെങ്കിൽ അതും ഓക്സിജൻ എത്തിക്കണമെങ്കിൽ ഉള്ളിലുള്ള ആളുടെ ശക്തി ഉണ്ടാവണം പുറമേയുള്ള വായു ഉള്ളിലേക്ക് കയറി അത് ലങ്സിലേക്കെത്തി ശരീരം വ്യാപിക്കണമെങ്കിൽ ഉള്ളിലുള്ള ആൾക്കും പുറമെയുള്ള വായുവിനെ അകത്തേക്ക് വരയ്ക്കാനൊരു വേണ്ട ചെയ്യേണ്ടതില്ലേ അല്ലേ അപ്പോ നമ്മളെക്കാളും വലിയൊരു ശക്തി എവിടെയുണ്ട് ഉള്ളിലുണ്ട് ഇത് മനസ്സിലായാൽ തന്നെ നമ്മൾ എന്തിനാ പരിഭ്രമിക്കുന്നത് അത്ഭുതമല്ലേ ജീവിതം അല്ലെ അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത് ആശ്ചര്യവത് കശ്ചിതേനം ആശ്ചര്യവത്വതി തശ്ചര്യവശ്ശേനമന്യ ശ്രുണോതി ചിലരാശ്ചര്യത്തോടെ പറയുന്നു കേൾക്കുന്നു പക്ഷേ അങ്ങനെയൊന്നും ഇതിനെ മനസ്സിലാക്കാൻ സാധ്യല്ല നമ്മൾ തന്നെ പ്രയത്നിച്ച് ഉറപ്പിച്ച് കണ്ടെത്തണം എന്റെ കൂടെ ഭഗവാനുണ്ട് എന്നിട്ടോ ഭൂദേശേഷതൃതി സമതികാരോതുപ്രേമൈജമതിച്ച സമർച്ച ശ്രദ്ധയാവർദ്ധം ഭക്തലോകോത്തമത്വം ഭക്തലോകോത്തമത്വം ഉത്തമഭക്തനായി എന്നെ മാറ്റണമേ ഗുരുവായപ്പ ആരാണ് ഉത്തമഭക്തൻ ഭൂതേഷു ഏഷു ത്വതൈക്യസ്മൃതി ആർക്കാണോ ഭൂതങ്ങളിലെല്ലാം ഭഗവാനെ കാണാൻ സാധിക്കുന്നത് അവരാണത്രേ ഭക്തന്മാരിൽ വച്ച് ഉത്തമൻ നമ്മൾ നേരത്തെ കണ്ടു അത് അല്ലേ നമ്മളിലും ഭഗവാനെ കാണും അവസാനം മരിക്കുന്നതിന് മുമ്പ് സർവചരാചരങ്ങളിലും ആരുണ്ട് നമ്മളെ മായി ഇടപഴകുന്നവരിലൊക്കെ ഭഗവാനുണ്ട് ആരെക്കുറിച്ചും പറയും ചെയ്യാത്തൊരു ജീവിതം ആ ഒരവസ്ഥയിലെത്തണം അതിന് ന അധികാരോ അതുതാ ചേ എനിക്ക് അധികാരമായിട്ടില്ല പ്രാപ്തി വന്നിട്ടില്ല എങ്കിൽ കഴിവ് വന്നിട്ടില്ല എങ്കിൽ തൽപ്രേമം ത്വതൈക്യമൈത്രി ജഡമതിശു കൃഭ ദിക്ഷുബൂയാതുപേക്ഷ പ്രേമം ഭഗവാനോട് പ്രേമമുണ്ടാക്കാൻ എന്ത് വേണം ഭഗവാനോട് മൈത്രി ഉണ്ടാക്കാൻ സത്സംഗങ്ങളിൽ പോവാൻ എനിക്ക് സാധിക്കണം രണ്ടാമതോ ജഡമതിശു എന്നെ വേദനിപ്പിക്കുന്നവരോട് പോലും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ ദിക്ഷുബൂയാതുപേക്ഷ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നവരെ അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരെ എതിർക്കാതെ മാറി നിന്നുകൊണ്ട് എനിക്ക് ക്ഷമിച്ചുകൊണ്ട് സത്സംഗത്തിലൂടെ പ്രയത്നിച്ചുകൊണ്ട് മുന്നോട്ടു പോവാൻ സാധിക്കും അപ്പം എവിടെയാണ് എത്തേണ്ടത് തന്നിലും മറ്റുള്ളവരിലും ഭഗവാനെ കാണാൻ സാധിക്കും നിങ്ങൾ ഒരു പ്ലഗ്ഗിൽ കൈവച്ചു കഴിഞ്ഞാൽ ഓൺ ചെയ്തിട്ട് പ്ലഗ്ഗിൽ കൈവച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിലെ ഓരോ പ്ലഗ്ഗിലും നോക്കേണ്ടതുണ്ടോ ഒരിക്കല അനുഭൂതി വന്നുകഴിഞ്ഞാൽ വേണോ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങളുടെ മകൻ അമേരിക്കയിലാണെങ്കിൽ അവിടെ പോയിട്ടൊന്ന് പ്ലഗിൽ കൈവെച്ച് നോക്കണം എങ്ങനെയുണ്ട് അമേരിക്കക്കാരന്റെ ഷോക്ക് എന്നുള്ളത് എന്റെ ആവശ്യമില്ല ഇന്ത്യയിൽ തന്നെ ഒരു ഷോക്ക് കിട്ടിയാൽ അത് ബാംഗ്ലൂരിൽ ഒരു ഷോക്ക് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ലോകത്തിൽ എവിടെ തൊട്ടാലും ഒരു ഷോക്കാണ് പ്രയാസല്ല ഉണ്ടോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്കില്ല ഇതുപോലെ നമുക്കൊരിക്കൽ നമ്മുടെ കൂടെ ഭഗവാൻ ഉറപ്പാണെങ്കിൽ ക്രമേണ മറ്റുള്ളവരുടെ അപ്പോൾ ആ ഒരു അറിവ് കിട്ടാൻ നമ്മളിൽ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിങ്ങനെ അറിവ് കിട്ടുക നാല് കാര്യങ്ങൾ ചെയ്യണം ഏതൊക്കെയാണത്രേ ഒന്ന് സത്സംഗം ചെയ്യണം രണ്ടാമത്തത് ഭക്തന്മാരുടെ കൂടെ ഇരുന്നു കൊണ്ടോ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടോ സങ്കീർത്തനാദികൾ ചൊല്ലണം നാമസങ്കീർത്തനങ്ങൾ ചൊല്ലാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തത് സേവനത്തിലൂടെ നമ്മൾ മനസ്സിനെ പരിശീലിപ്പിക്കണം ഭഗവാൻ എല്ലാവരിലും കൊടുത്തുകൊണ്ട് നമ്മൾ ശീലിക്കണം അങ്ങനെ ഒരു ശീലം നമ്മുടെ ജീവിതത്തിന് വേണം നാലാമത്തത് ക്ഷമിച്ചുകൊണ്ട് ശീലിക്കണം ക്ഷമിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെയല്ല ആ നമ്മളെ കൊണ്ട് സേവനം ചെയ്തുകൊണ്ട് അതുപോലെ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് സത്സംഗം ചെയ്തുകൊണ്ട് ഉറപ്പിക്കണം കൂടെ ഭഗവാനുണ്ട് ഇനി അതിനും ആയിട്ടില്ലെങ്കിലോ എവിടെ തുടങ്ങണം അർച്ചായാം വാ സമർച്ച കുതുകമുരുതര ശ്രദ്ധയാവർദ്ധത അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഒരു വിഗ്രഹത്തെ വച്ച് അർച്ചന ചെയ്തിട്ട് തുടങ്ങണം അപ്പാരായി അർച്ചന ചെയ്യുന്നവര് വളരെ ബിഗിനേഴ്സാണ് അവർക്കൊരു വിഗ്രഹമൊക്കെ വേണം അവർക്ക് കുറച്ച് പൂക്കളൊക്കെ വെച്ച് തുടങ്ങിക്കോളൂ വീട്ടിൽ നിന്ന് ഓം കൃഷ്ണായെന്ന രാവായെന്ന അയ്യപ്പായെന്ന കുറച്ച് അങ്ങനെയൊക്കെ തുടങ്ങാം അവർക്ക് അത് തെറ്റല്ല അത് ഓൺലി ഫോർ ബിഗ്നസ് നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം അതുകൊണ്ടാണ് ചിലർ അതിൽ കുടുങ്ങിപ്പോകുന്നത് ആ രണ്ടാമത്തെ ഗ്രേഡിലേക്ക് നമ്മൾ കടന്നില്ലെങ്കിൽ ആദ്യത്തെ ഗ്രേഡ് തന്നെ പിടിച്ചു വെക്കും പിന്നെ നിങ്ങൾ കുറെ കഴിഞ്ഞ യാന്ത്രികമായി പോവും മനസ്സിലായില്ലേ ഒരിക്കൽ ിട്ടുള്ളത് സ്കൂളിലെ അധ്യാപകൻ രാമായണം പഠിപ്പിക്കുക അപ്പൊ രാമായണം കേൾക്കുന്ന കുട്ടികളിൽ ഒരു എൺപത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് കേൾക്കുന്നവരാ ഗവൺമെന്റ് സ്കൂളാണെന്നർത്ഥം നാട്ടിൻ പുറത്തുള്ളൊരു സ്കൂള് മൂന്ന് വർഷം തുടച്ചയിട്ട് കേൾക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലായോ സെയിം ക്ലാസ്സിലിരുന്നിട്ട് അവൻ ഗവൺമെന്റ് സ്കൂള് ഒരു എ ഇ ഒ വന്നു ഇതേ ഇങ്ങനെ ക്ലാസ് ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ രാമായണം അദ്ദേഹമാണെങ്കിലോ രാമായണ പ്രിയൻ ആ സമയത്ത് രാമായണം കേൾക്കുന്നതും അദ്ദേഹം കുട്ടികളോ കുട്ടികളോട് വെച്ചു അധ്യാപകരോട് ചോദിച്ചു കുട്ടികൾക്ക് എങ്ങനെ രാമായണം ഓ മൂന്ന് വർഷമായി തുടച്ചു കയറി കേൾക്കണു എല്ലാം മനപ്പാടാണ് അപ്പൊ ഇദ്ദേഹം ചോദിച്ചു എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ കുട്ടികൾ പറഞ്ഞു എവിടെ അധ്യാപകം ചോദിച്ചോളൂ തോന്ന് ഇദ്ദേഹം വളരെ കോൺഫിഡൻസോടുകൂടി ചോദ്യം ചോദിച്ചു ആരാണ് ശങ്കരെന്നെ വില്ലൊടിച്ചതെന്ന് ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്നവൻ പറയൂ അവനാണ് ഞാൻ വില്ലനുമാണ് ക്ലാസ്സിൽ അവൻ കേട്ടതും സാർ പറഞ്ഞു ഇവിടെ എന്തൊടിച്ചാലും ഞാൻ മാത്രമേ ഉള്ളൂ വേറൊരുത്തനുമില്ല ഇവിടെ നിന്ന് എല്ലാറ്റിനും ഒരു എന്നെ പിടിക്കുന്നു എന്നെ പിടിക്കുന്നു കഴിഞ്ഞ ആഴ്ച എന്തോ ക്ലാസ് പൊട്ടിച്ചു വന്ന് അതിനെന്നെ പിടിച്ചു അതിനു മുമ്പ് ഒരു പെണ്ണ് പൊട്ടിച്ചതിന് എന്നെ പിടിച്ചു ഇവിടെ ഞാനല്ലാതെ വേറെ ഒന്നും ഇല്ലേ നിങ്ങൾക്ക് ഇതേ ഞെട്ടിപ്പോയി എന്തായി കേൾക്കണത് ശങ്കരന്റെ വില്ലൊടിച്ചേനാണ് അയാൾ പ്രതികരിക്കുന്നത് അപ്പൊ ഈ അധ്യാപകരോടിച്ച് എന്താ സാറോ ഇയാൾ പറയണത് എന്ന് അപ്പൊ അധ്യാപകൻ പറയണ അവൻ ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നു അവൻ തന്നെയായിരിക്കും ഓടിച്ചത് എന്ന് മൂന്നുമല്ല അദ്ദേഹത്ത് പഠിപ്പിക്കാൻ തുടങ്ങിട്ടേ ഇദ്ദേഹം ഓടി ക്ലാസ് ഹെഡ് മാസ്റ്ററെ അടുത്തേക്ക് എന്താ നിങ്ങളുടെ ക്ലാസിൽ നടക്കുന്നത് ഇങ്ങനെയൊരു നിരുത്തരവാദം അപ്പൊ എന്ത് പറ്റി സാർ എന്ത് പറ്റി എന്ത് പറ്റി ആരാ ശങ്കരന്റെ വില്ലൊടിച്ചെന്ന് ചോദിച്ചപ്പോ കുട്ടി അത് എന്റെ നേരെ ചാടണോ ഇവിടെ എന്ത് പൊട്ടിച്ചാലും ഞാനാണത്രേ ഞാൻ അധ്യാപകരോടിച്ചപ്പോ അദ്ദേഹം പറയാണ് അവൻ നിഷേധിച്ച സ്ഥിതിക്ക് അവനാവാനാ വഴിയത് എന്താ ഭാഷ ഇങ്ങനെ ക്ലാസ് ഉടനെയുള്ളവരെ ചതിക്കല്ല സാറേ ഇവിടെ എന്നും തലവേദനയാണ് കുട്ടികളെ കൊണ്ട് അതുകൊണ്ട് ഒരു വില്ലിന്റെ കാശ് ഞാൻ തരാൻ ശമ്പളത്തിൽ നിന്ന് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കരുത് അത്ര ഒരു അഭ്യാസം നേടിയിട്ടുള്ളത് ഞാൻ ചിരിപ്പിക്കയില്ല ഇതെന്താ പറയുന്നത് നമ്മളുടെ കണ്ടീഷനാണത് ചിലരുണ്ടല്ലോ ഈ പൂജകളിലൊക്കെ കുരുങ്ങി കുരുങ്ങി കുരുങ്ങി പിന്നെ യാന്ത്രികമാവും പിന്നെ ശങ്കരന്റെ വില്ലോടിച്ച അവസ്ഥ തന്നെയാണ് ഏത് ശങ്കരൻ എവിടുത്തെ ശങ്കരൻ അവരെങ്ങനെ യാന്ത്രികയായിട്ട് വിശ്വം വിശ്വം അഴക്കാരോ ഭൂതമിഭവാത്മ അവർ യാന്ത്രികമായി മാറും ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല ഹൃദയമുണ്ടാവില്ല അത് ത്രോട്ട് സ്പിരിച്വാലിറ്റിയാവും ഹാർട്ട് സ്പിരിച്വാലിറ്റി ആവില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാന്ത്രികതയായി പോവും അപ്പൊ നമ്മൾ എന്ത് വേണം നിങ്ങളൊക്കെ ആ സ്റ്റേജിലാണ് ഇരിക്കുന്നത് സത്സംഗത്തിന്റെ സ്റ്റേജിലേക്ക് ഉയർന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാവുന്നത് അപ്പൊ നമ്മൾ ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് മനസ്സിൽ തന്നെ ഭഗവാനെ കണ്ട് മനസ്സാകുന്ന പുഷ്പമർപ്പിച്ച് മനസ്സുകൊണ്ട് തന്നെ നാമസങ്കീർത്തനം ചെയ്ത് മനസ്സും ഭഗവാനും തമ്മിലുള്ള ഐക്യം അതിനർത്ഥം ബാഹ്യമായത് വിടണമെന്നല്ല അർത്ഥം ക്രമേണ ക്രമേണ ബാഹ്യമായതല്ല ഇതൊക്കെ നമ്മളെ അകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത് പുറത്ത് കൃഷ്ണനുണ്ടെന്ന് ഉറപ്പിക്കാനല്ല പുറത്ത് കൃഷ്ണനെ വെക്കുന്നത് ആണോ വിഗ്രഹങ്ങളൊക്കെ പുറത്ത് വെക്കുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ പൂജ ചെയ്യുന്ന പൂജാരിമാരോട് ചോദിക്കും നിങ്ങൾ സ്വയം പൂജ പഠിച്ചിട്ടില്ലെങ്കിൽ വിഗ്രഹങ്ങളെ പൂജിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ തന്നെ പൂജിക്കണം ആത്മപൂജ എന്നിട്ട് ആവാഹിക്കണം ഇപ്പൊ എവിടുന്നാ വരുന്നത് ചൈതന്യം തന്നില്ലെന്നാണ് അവസാനം ഉദ്ധസിക്കണം എങ്ങോട്ടാണ് പോകുന്നത് തന്നിലേക്കാണ് അപ്പൊ പുറത്താണ് വിഗ്രഹമെങ്കിലും പൂജിക്കുന്ന സാധനം അകത്താണ് ഇരിക്കുന്നത് അപ്പൊ അതിലേക്ക് നമ്മൾ ഉയരാനാണ് സത്സംഗങ്ങളും അതുപോലെ നാമസങ്കീർത്തനങ്ങളും മറ്റുള്ളവരെ സേവിക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം ഇത് ഭഗവത് സേവയാണ് അതുപോലെ ആരെന്തു പറഞ്ഞാലും ക്ഷമയുടെ നെല്ലിപ്പടി നമ്മൾ കണ്ടെത്തിയിരിക്കണം അത്ര നമുക്ക് ആ ഫോർഗീവ്നെസ് ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെയൊന്നും ഗുലുങ്ങിയില്ല ദേഷ്യത്തിന്റെ അങ്ങേയറ്റം കണ്ടാലും ദേഷ്യം സഹിക്കണമെന്നല്ല പറയുന്നത് അത് പ്രയാസായിരിക്കാം എന്നാൽ വാക്കുകളുടെയൊക്കെ ആ കാഠിന്യം കുറയ്ക്കുക നേരത്തെ നമ്മൾ വല്ലാതെ ശക്തിയിൽ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറയാം ദേഷ്യം വന്നാലും സോഫ്റ്റ് ആയിട്ട് പറയാൻ പരിശീലിക്കുക നിങ്ങളൊക്കെ പറയാതെ എന്ത് പറയാ ദൈവം നല്ലൊരു ശക്തിയുണ്ടല്ലോ അദ്ദേഹം കാണും എന്നൊക്കെ പറഞ്ഞ് നല്ല സ്ഥലം ഇടുക അതല്ലാതെ നിങ്ങൾ അതിനെ ദേഷ്യം പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നുകൂടി ശക്തി കൂടും മനുഷ്യൻ ചിലപ്പോൾ മൃഗത്തിന്റെ ലെവലിലേക്ക് വരും ഒരു പട്ടി വേറൊരു പട്ടിയുടെ നേരെ കുറച്ചു പിന്നെ രണ്ടു പട്ടികൾക്കും വാശി ശക്തി കൂടുതലെന്ന് അതാണ് ചിലപ്പോൾ വീടുകളിലൊക്കെ സംഭവിക്കുന്നത് ഒരാൾ ദേഷ്യപ്പെട്ട പിന്നെ രണ്ടുപേരും കബഡി കബഡി കബഡി തന്നെ അതിനാണത്രേ കല്യാണത്തിന് ബൊക്കെ കൊടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഉറപ്പുകയാണ് എന്തായാലും ഇടയ്ക്കൊക്കെ നമ്മൾ വടിയെടുക്കേണ്ടി വരും അതിപ്പോഴൊരു അഭ്യാസം മനസ്സിലായില്ലേ അത് വളരെ വളരെ ശ്രദ്ധിച്ച് ജീവിക്കാൻ സാധിക്കണമെന്നാണ് എന്നിട്ടോ അപ്രകാരം നമ്മൾ മുന്നോട്ട് പോകണം അപ്പോ നമ്മൾ ഭക്തന്മാരിൽ വെച്ച് സർവശ്രേഷ്ഠനായ ഭക്തനായി തീരും എന്നിട്ടോ ആവൃത്യത്തൽ സ്വരൂപം ചിതിജലമരുദാദി ആത്മനാ വിക്ഷിബന്തി ജീവാൻഭൂയിഷ്ടകർമാവലി വിവജഗതീൻ ദുഃഖജാലേക്ഷിബന്ദീ ത്വന്മായാമാഭിഭൂന്മാമയിഭുവനപദേ കൽപദേ തൊൽ പ്രശാന്തി തോൽപാദേ ഭക്തിരേവേദി അവതദൈ വിഭോ സിദ്ധയോഗീ പ്രബുദ്ധ ഭഗവാനെ ഇന്നുള്ളൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ചൈതന്യം എന്നിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിലും ആ ചൈതന്യത്തെ ആ വൃത്തിയ മറച്ചുകൊണ്ട് ക്ഷിതിജലമരുതാധ്യാത്മനാവിക്ഷിപന്തി ഈ ശരീരം ക്ഷിതിജലരം എന്നൊക്കെ പറഞ്ഞാൽ ശരീരം അർത്ഥം ഈ ശരീരത്തോടുള്ള ഒരു ആകർഷണം എന്റെ ഉള്ളിലുണ്ട് മായ എന്ന് പറയുന്ന ആകർഷണം മായ എന്ന് പറഞ്ഞാൽ അർത്ഥം ലോകത്തോടുള്ള ആകർഷണത്തിന്റെ പേരാണ് മായ എന്നും കൂടെയില്ലാത്ത വസ്തുക്കളോടുള്ള ആകർഷണം മായയാണ് ആ ഒരു ആകർഷണം എവിടെയുണ്ട് എന്റെ ശരീരത്തോടും ശരീരവുമായി ബന്ധപ്പെട്ടവരോടും എന്റെ മനസ്സിലുണ്ട് ഇത് എന്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ മറച്ചു കളയുന്നു അപ്പൊ അങ്ങോട്ട് ആകർഷിക്കുന്നതിന് പകരം എങ്ങോട്ടാകർഷിക്കുന്നു ലോകത്തിലേക്ക് ആകർഷിക്കുന്നു അതുകൊണ്ട് ജീവാൻ ഭൂയിഷ്ടകർമാവലി വിവചകതിൻ ജീവന്മാരെ വിവശന്മാരായിട്ട് കർമ്മം ചെയ്യിക്കുന്നു അത് ഏത് ഈ ആകർഷണം നമ്മളറിയാതെ നമ്മളൊരു മിഥ്യാസത്യത്തിലേക്ക് പോവുകയാണ് അങ്ങനെയാണ് പലരും ട്രാപ്പിലാവുന്നത് മക്കളായിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ സ്നേഹിക്കും അവർക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കും പിന്നിട്ട് നമ്മൾ സ്വന്തം കാര്യം മറന്നുകൊണ്ട് ജീവിക്കും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കായി ഇവരൊക്കെ വളർന്നു വലുതായാൽ നാളെ നമ്മൾ നോക്കും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കും പിന്നെ അവരെ മൂടും നട്ടി ഒരു പൂക്ക് അറിയുന്നത് ഇതൊക്കെയാണ് പഠിക്കേണ്ടത് മുമ്പേ പഠിക്കേണ്ടതായിരുന്നു അനുഭവിക്കുക എന്നിട്ട് പിന്നെ കംപ്ലയിന്റുകളും പിന്നെ അടുത്ത വീട്ടിൽ ചെന്നിട്ട് പറയും എണ്ണം കൊള്ളില്ല ഇന്നത്തെ കാലത്ത് എല്ലാ മക്കളെയും ചീത്ത പറയും നമ്മുടെ മക്കളെ മാത്രമല്ല കാരണം നമ്മുടെ ആണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എന്താണെന്നറിയില്ല രാഷ്ട്രീയം അവരെ സ്വാധീനിച്ചിരിക്കുന്നു തോന്നുന്നു ഒരു വീട്ടിൽ രാവിലെ ഇതാ ചർച്ച രാവിലെ തന്നെ കുട്ടി കരയുണ്ട് അച്ഛൻ ബാങ്ക് ഉദ്യോഗസ്ഥനാണ് പിന്നെ അനിയനുണ്ട് ഭർത്താവിന്റെ അനുജനുണ്ട് ജ്യേഷ്ഠനുണ്ട് ഭർത്താവിന്റെ അമ്മയുണ്ട് കുട്ടിയെ രാവിലെ തന്നെ ഭാര്യയെ കൊണ്ട് കടത്തിയിരിക്കുന്നു ഭർത്താവിന്റെ അടുത്ത് തന്നെ നിരത്താൻ കിടത്തിയിരിക്കുന്നു പായയിൽ കുട്ടി കാ എന്ന് പറഞ്ഞ് തുടങ്ങി ഉടനെ ഭാര്യയോട് പറയേണ്ട എടി നീ അതിനൊന്ന് സമാധാനിപ്പിക്കുക എന്റെ നടക്കണില്ല നീ അതിനെ എന്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് അത് തുറന്നു വെച്ചിരിക്കുന്നു ഒന്ന് അതിനെ കൊണ്ടുപോകുന്നു ഉടനെ ഭാര്യ പറ ഇപ്പൊ അതിന് പാല് കൊടുത്ത് കിടത്തിയതല്ലോ നിങ്ങളുടെ സ്വഭാവമാണ് തോന്നുന്നു സമ്മതിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി രാവിലെ തുടങ്ങി കുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അപ്പോഴേക്കും ഭർത്താവിന്റെ അനിയം പറഞ്ഞു നിങ്ങളതിൽ വിഷമിക്കേണ്ട ഇന്നത്തെ കുട്ടികൾക്ക് സമൂഹം കാണിക്കുന്ന അവരോട് കാണിക്കുന്ന പെരുമാറ്റത്തിലുള്ള പ്രതിഷേധമാണ് കരയുന്നത്രേ ഓ അയാള് പറഞ്ഞ ഉന്നതതലത്തിലാ ചിന്തിക്കുന്നത് അപ്പോഴേക്കും ഭാര്യയുടെ ഭർത്താവിന്റെ അച്ഛൻ പറഞ്ഞു നോക്കു നോക്കും ഒന്ന് ശ്രദ്ധിക്കുക കുട്ടി എന്താ കുട്ടി ഇങ്ങനെ കരയണതെന്ന് അപ്പൊ കുട്ടി കുട്ടി ഇയാളുടെ അമ്മ പറയുന്നുണ്ട് കളിപ്പാട്ടം കൊടുക്കുവല്ലെന്നും കിലിംഗ്ലിങ് കിലിംഗിലും ഒക്കെ പറസാനം ഈ ഭാര്യയെ ഇയാളുടെ അച്ഛൻ വന്നിട്ട് നോക്കുമ്പോ എന്താ വച്ചാൽ ഇതിന്റെ മാഗ്യോ കെട്ടുവല്ലോ അതിന്റെ ഉള്ളിൽ മുഴുവൻ ഉറുമ്പു പോയിരിക്കുകയാണ് കുട്ടിയെ കടിച്ചു ിലാകെ ഉറുമ്പ് പോയിട്ട് പാവ അതിനെ കടിക്കുകയാണ് എന്നിട്ടാണ് അവരിങ്ങനെ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ കുട്ടികളുടെ സ്വഭാവമാണ് അവരുടെ സോഷ്യൽ സിസ്റ്റത്തോടുള്ള അവരുടെ പ്രതിഷേധമാണ് അത്ര റിയാക്ഷൻ അഗെയിൻസ്റ്റ് സോഷ്യൽ സിസ്റ്റം ഇതെന്ന് പറഞ്ഞ സമയങ്ങളെന്നിട്ട് എന്ത് ഇതാണ് സത്യം ഇതുപോലെ നമ്മളൊക്കെ വിദ്യകളാണ് ഹൃദയെ നമ്മൾ ഓരോ ഇമാജിനേഷനിൽ ജീവിച്ച് ആ ഇമാജിനേഷൻ നമുക്ക് റിയാലിറ്റി ആവുമെന്നുള്ള സ്വപ്നവും കണ്ട് ഇമ്പോസിബിളൊക്കെ പോസിബിൾ ആവുന്ന സ്വപ്നവും കണ്ട് അതെന്നൊക്കെ നമ്മുടെ മനസ്സിനെ മുക്തമാക്കൂ ഒരു പോസിബിലിറ്റിയിലൂടെ ദാറ്റ്സ് ഹയസ്റ്റ് പോസിബിലിറ്റി ഡെത്ത് നാളെ നടക്കും എന്നുള്ള ഉറപ്പുള്ളൊരു സാധനം മരണമാണ് അല്ലേ ബാക്കിയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല മക്കൾ നോക്കുവോ പേരക്കുട്ടികൾ നോക്കുവോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല മരിക്കണ സമയത്ത് മക്കളെല്ലാവരും അടുത്തുണ്ടായിട്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കൂ ഇനി വെള്ളം അവരുടെ കയ്യിൽ നിന്ന് തന്നെ അറിയില്ല ആർക്കറിയാം ഹോസ്പിറ്റലിലെ പൈപ്പ് വഴിയാണ് കിട്ടുക എന്നുള്ളത് മേൽപൊട്ട് നോക്കിക്കൊണ്ട് കുപ്പികളും നോക്കിക്കൊണ്ട് അല്ലേ ശംഖുചക്ര കഥാരൂപത്തിന് പകരം നാല് ഭാഗത്തും കുപ്പിയാണ് കാണുന്നത് ആര് കണ്ടു അതിന്നൊക്കെ വരുന്ന പൈപ്പുകളാണെന്ന് അതിലെന്നെ വെള്ളം ഉണ്ടായിക്കോളന്നില്ല ഡോക്ടർ അതൊക്കെ നിറച്ച് വെച്ച് പോയിട്ട് ആർക്കറിയാം ഹൂ ലോ സെ ഒരാള് ഹോസ്പിറ്റലിൽ പോയി ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഓക്സിജനൊന്നും കിട്ടാതെ കിടക്കുകയാണ് ഒക്കെ വെച്ചിരിക്കണം അവസാനം ഉണ്ടരുതെന്ന് പറഞ്ഞിട്ട് പാവ ആകെ വലിച്ചു കിടക്കുന്നുണ്ട് അപ്പൊ ഇയാള് ഫ്രണ്ടിന് കൈ കാണിച്ചു കൊടുത്തുവേഗം പേനയും പേപ്പറും ഇദ്ദേഹം കിട്ടിയത് ഭവ്യതയോടെ വാങ്ങിച്ച് പോക്കറ്റിലിട്ടു അപ്പോഴേക്ക് ഇയാളുടെ പണി തീർന്നു മരണ എഴുതി തന്ന കത്താണ് ഇദ്ദേഹത്തിന്റെ ഭാര്യതിന് ശേഷം ഇയാള് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു അവസാനത്തെ വാക്കുകൾ എനിക്ക് എഴുതി തന്നോന്നു അപ്പൊ എന്താ വാക്കുകളൊന്ന് നോക്കൂ എഴുതിയതെന്ന് വെച്ചാൽ ആ പൈപ്പിൽ നിന്ന് കാലെടുക്കും ഗ്യാസിന്റെ പൈപ്പാണേ അതിന്റെ മുകളിൽ അയാള് നിൽക്കുന്നത് ഞങ്ങൾക്ക് ശ്വാസം മുട്ടിട്ട് വെയ്യ പൈപ്പ് ഓക്സിജൻ ട്യൂബിന്റെ മുകളിലാണ് അയാള് കാല് വെച്ചിരിക്കുന്നത് എന്നിട്ടെ ഫ്രണ്ടിന്റെ സുഖന്വേഷണം ചെയ്യണത് അപ്പൊ ഇയാളെഴുതുന്നതാണ് ആ ഓക്സിജൻ ട്യൂബിൽ നിന്ന് കാലെടുക്കും ഞാനത് ഓക്സിജൻ ശ്വാസം മരിക്കട്ടെ ശ്വാസം മുട്ടിയിട്ട് വെയ്യ എന്നിട്ട് ഇയാൾ അവസാനത്തെ മരണം ഒഴിഞ്ഞിരിക്കുകയാണ് നമ്മളിങ്ങനെ ഒരു വിദ്ധികളാണ് റിയാലിറ്റി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ട്രൂത്ത് ഈസ് ബിറ്റർ അതാണ് പറയാറ് അതുകൊണ്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എപ്പോഴും ഇമാജിനേഷനാണ് അത് നമുക്ക് സക്സസ് ആവണമെന്നാണ് പ്രാർത്ഥനകളൊക്കെ ഇമാജിനേഷനാണ് നയന്റി നയൻ പെർസെന്റ് പ്രാർത്ഥനകൾ ഇമാജിനേഷനാണ് നമുക്ക് വേണ്ടത് റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യണം ഇപ്പൊ നാളെ മരണം എന്നൊരു ട്രൂത്ത് നമ്മുടെ കൂടെയുണ്ട് നാളെയല്ലേ ഇന്നിപ്പോ ഉണ്ട് അതെപ്പോ വരും നമുക്ക് പറയാൻ പറ്റിയ അത് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് നാം ഈശ്വരനെ പിടിച്ചാൽ ജീവിതത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരെ നേരെ മറിച്ച് നിങ്ങളെ മക്കളെയും പേരക്കുട്ടികളും മറ്റുള്ളവരെയാണ് പിടിച്ചതെങ്കിൽ അതും നഷ്ടം ഇതും നഷ്ടം ഏത് ബന്ധങ്ങൾ ഏതായാലും മരണത്തോടുകൂടി അല്ലേ എല്ലാ ബന്ധങ്ങളും മരണത്തോടുകൂടി വിട്ടേ പറ്റുള്ള നോ വൺ കെൻ ഹോൾഡ് ദാറ്റ് ട്രൂത്ത് ഈസ് ദാറ്റ് അപ്പൊ മരണം നമ്മളെ തോൽപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് മരണത്തെ തോൽപ്പിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സ് മരണത്തിൽ തളരാതിരിക്കണമെങ്കിൽ അര പിടിച്ചിരിക്കണം അതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് അതിനെന്ത് വേണം പറയണോ ഭഗവാനെ ദുഃഖജാലേ ക്ഷിബന്തി മാമ എന്നെ ദുഃഖജാലത്തിൽ ഒരിക്കലും വീഴാൻ അനുവദിക്കരുത് ഭഗവാനെ എനിക്ക് വേണ്ടത് ഹേ ഭുവനപതിശാന്തി തൊൽപാതി ഭക്തിരേവ എനിക്ക് വേണ്ടത് എന്റെ മനസ്സ് അവിടുത്തെ ഭക്തി പാദത്തിൽ തന്നെ ദൃഢമായ മുറുകെ പിടിച്ചിരിക്കണം ആ ഭക്തി തന്ന് എന്നെ അനുഗ്രഹിച്ചാലും എന്നിപ്രകാരം പ്രബുദ്ധൻ എന്ന് പറയുന്ന യോഗി പറഞ്ഞത് ഇവിടെ പെട്ടതിരിപ്പാട് പറയുകയാണ് അപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നേടിയെടുക്കണം ഒന്ന് ആത്മാവാണ് ഗുരുവായൂരപ്പനെന്ന സത്യവും പറഞ്ഞ നേരത്തെ രണ്ടാമത് ജ്ഞാനമായി ഇടപഴകുന്നവരിലൊക്കെ ഭഗവാൻ ഉണ്ടെന്ന് ഗുരുവായൂരപ്പൻ ഉണ്ടെന്ന സത്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ നമ്മളിൽ ഗുരുവായൂരപ്പൻ ഉണ്ടെന്ന ബോധം ആത്മാവ് തന്നെയാണ് ഗുരുവായൂരപ്പൻ ബോധം അത് ദൃഢമായി പിടിക്കും തോറും നമ്മൾ ദുഃഖജാലത്തിൽ നിന്നും മുക്തരായിത്തീരും ഇപ്പോ നമ്മുടെ മനസ്സ് ഗുരുവായൂരപ്പനേക്കാൾ കൂടുതൽ പിടിച്ചിരിക്കുന്നത് ആകർഷണമുള്ളത് ബാഹ്യമായ വസ്തുക്കളോടും വ്യക്തികളോട് നമ്മളൊരു ഇമാജിനേഷനിൽ ജീവിക്കുകയാണ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് മീ എന്നുള്ളത് ദാറ്റ് ഈസ് ഇംപോസിബിൾ നോ വൺ ക്യാൻ ടേക്ക് കെയർ ഓഫ് നോ വൺ അത് വെറുതെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം അല്ലേ പന്ത്രണ്ട് മക്കളുള്ള ഒരു മുത്തശ്ശിയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പന്ത്രണ്ട് മക്കളും അവര് മരിക്കുന്ന നേരത്തുണ്ടായിരുന്നില്ല ഒരു കുട്ടിയുണ്ടായിരുന്നില്ല അവസാനം ഒരു ജോലിക്കാരിയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ച് മരിക്കേണ്ടി വന്നു നമ്മൾ അറിയുന്ന പേഴ്സണൽ കഥകൾ അപ്പൊ ആരുണ്ടായാലും എപ്പോ എവിടെ ആരുണ്ടാവുന്നൊന്നും ആർക്കും പറയാൻ സാധ്യല്ല ഇനി എത്ര ആളുകൾ നിങ്ങൾ ഓൾഡ് ഹോമിൽ പോയി നോക്കൂ എത്രയോ മക്കളുണ്ട് പക്ഷെ നോക്കാൻ ആളില്ലാതെ ഓൾഡ് ഹോമിൽ കിടന്നും നരകിക്കുന്നവരില്ലേ അവരും ഇമാജിൻ ചെയ്തിട്ടുണ്ടാവില്ലേ ഒരു കാലത്ത് നോക്കാൻ ആളുണ്ടാവും എന്നുള്ളത് അപ്പൊ നമ്മൾ ജീവിതത്തെ ഇമാജിൻ ചെയ്യുന്നെങ്കിൽ നാളെ ഇമാജിനേഷൻ ഒരു ട്രാജഡിയിൽ മാറും നേരെ വർഷം നിങ്ങളൊരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം വന്നാലും നമുക്കതിനെ ഉൾക്കൊള്ള നമ്മളെ പ്രതീക്ഷിക്കില്ല ഇതാണ് നമ്മൾ സുനീതി സുനീതിയിൽ നിന്ന് പഠിക്കേണ്ടത് ഭർത്താവ് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്റെ മനസ്സിനെ കൊണ്ട് ഭഗവാനെ പിടിച്ചു ഇല്ലേ അതുകൊണ്ട് ഒരു ഉത്ഥാനപാത മഹാരാജാവിന് തകർക്കാൻ സാധിച്ചില്ല നേരെ ദശരഥ മഹാരാജാവ് ഭഗവാനെ പിടിക്കാത്തതുകൊണ്ട് ഒരു കൈകേക്ക് രാമ ദശരഥനെ തളർത്താൻ സാധിച്ചു നിങ്ങളെ ഒരാൾ തളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ പിടിച്ചിട്ടില്ലേ അതർത്ഥം നിങ്ങൾ ഭഗവാനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തളർത്താൻ ഒരാൾക്കും സാധ്യത ദാറ്റ്സ് എ ട്രൂത്ത് ഐ ട്രൂത്ത് ആണത് ഈ ലോകത്തിൽ ഒരാൾ തളരുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവര് ഈശ്വരൻ പറയുന്ന സത്യത്തെ പിടിച്ചില്ല അവരമ്പലത്തിൽ പോകുന്നുണ്ടാവാം പൂജകൾ ചെയ്യുന്നുണ്ടാവാം എന്റെ സംബന്ധിച്ച് അതൊക്കെ അവരിപ്പോഴും ബേസ്മെന്റിലിരിക്കുന്നവരാ സത്സംഗത്തിലൂടെ പോയി കുറച്ചു നേരം ചെയ്ത് തന്റെ ആത്മാവാണ് ഗുരുവായൂരപ്പൻ എന്ന ബോധത്തിൽ അല്പമുയർന്നാൽ പിന്നെ അവരെ തോൽപ്പിക്കാൻ ഒരാൾക്കും സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ പ്രായതേ മഹദൂപയാൽ ഗീതയിൽ ഭഗവാൻ സ്വൽപ്പമപി ഒരു ഇഞ്ച് വളർന്നാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങളെ നേരിടാൻ സാധിക്കും ഇനി നിങ്ങൾ നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ തളരുന്നുണ്ടെങ്കിൽ സ്വയം അവലോകനം ചെയ്യുക സ്വയം ഇരുന്ന് ചിന്തിക്കുക എന്ന് ഞാൻ ഭഗവാനെ മുഴുവൻ പിടിച്ചിട്ടുണ്ടോ എന്നിട്ടോ ദുഃഖാനാലോക ജന്തുഷു അലമുദോഹമാചാര്യവരൂപത ഗുണചരിതകഥാതി ഉൽഭവൽ ഭക്തിഭൂമായാരി പരമസുഖമയേ കൽപ്പോദിദാഹേ അസയ പൂർവരംഗ പവനപുരപദേശയാ ശേഷ്യ നിങ്ങൾക്ക് ദുഃഖം വരണമെന്നില്ല എല്ലാ എക്സ്പീരിയൻസും നമ്മൾ അനുഭവിക്കണമെന്നില്ല മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് കണ്ട് അതിൽ നിന്നും നമ്മൾ പാടും പഠിക്കണം ഒന്ന് സത്യം മരണമെന്നത് എല്ലാവരും കടന്നു എല്ലാവരും കാണേണ്ട ഒരു സത്യമാണ് അല്ലേ എല്ലാവർക്കും ഒരുമിച്ച് മരിക്കാൻ സാധ്യല്ല അപ്പൊ മരണം നമ്മളെ ചെയ്യുന്ന മൂന്ന് കാര്യമുണ്ട് ഒന്ന് നമ്മളെ ഒറ്റപ്പെടുത്തും മറ്റുള്ളവരുടെ മരണം രണ്ട് നമ്മളെ തളർത്തും മൂന്നാമത് നമുക്ക് മരണഭയം ഉണ്ടാക്കും മരണത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട് ഇത് നമ്മളെ തളർത്തി ദുഃഖിപ്പിച്ച് മരണഭയമുണ്ടാക്കുന്നതിന് മുമ്പ് ആലോക്യ മനസ്സിലാക്കിക്കൊണ്ട് ഞാനും ഇത് കടന്നു പോവേണ്ടവനാണ് ഞാനും ഇത് അഭിമുഖീകരിക്കേണ്ടതാണ് തളർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും അതാണിന്ന് വളരെ ഒരു ദുരന്തമായി പലർക്കുള്ളത് ഭർത്താവ് പിന്നെ മക്കളുടെ കൂടെ പോകേണ്ടി വരുന്നത് കാരണം ആരും നോക്കാനില്ല തളർന്നുപോയി മെന്റലി അപ്പൊ പിന്നെ മറ്റുള്ളവരെ കഴിയും കാലം പിടിക്കണം എത്രയൊക്കെ നമ്മൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മക്കളുടെ കൂടെ ജീവിച്ചാലും അവര് പുറമേക്കൊന്നും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ നമുക്കറിയാം അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ഒരാൾക്കും ഒരാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല സത്യം അതാണ് ഒരു ഭാരമായിട്ടവര് ഉള്ളിന്റെ ഉള്ളിൽ കണം മനസ്സിലായി നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമുക്ക് തന്നെ നോക്കൂ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരു വല്ലാതെ അവസരമായി നിങ്ങളെടുത്ത് വന്നാൽ കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്കും മുതരു ഭാരമായി തോന്നുന്നത് മനുഷ്യ മനസ്സിന്റെ പ്രത്യേകതയാണത് അപ്പൊ ഇത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കുണ്ടാവില്ലേ പറയാൻ അവർ പറയില്ല കാരണം സമൂഹത്തിൽ അങ്ങനെയാണല്ലോ അച്ഛനൊരു ഭാരാണ് അമ്മയോട് ഭാരാണെന്ന് പറയില്ല പക്ഷെ മനസ്സിലത് കൊണ്ടു നടക്കും അപ്പൊ നമ്മളെ മനസ്സുകൊണ്ട് വെറുത്തുകൊണ്ടും മുഖം കൊണ്ടെന്തോ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കഴിയുന്നതും ഒരാളെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള മനോധൈര്യം നേരത്തെ തന്നെ അത് ട്രാജഡി വന്നിട്ടല്ല നമ്മൾ നേടിയെടുക്കേണ്ടത് വിവേകാനന്ദ സ്വാമി എന്ന് പറയുന്ന പോലെ ഒരാളുടെ വീട് കത്താൻ തുടങ്ങി അപ്പൊ അയാൾ ജോലിക്കാരെ വിളിക്കാൻ ഓടി അപ്പൊ ഭാര്യ ചോദിച്ചു എന്തിനാ ജോലിക്കാരെന്ന് ഞാൻ അന്നേയും നിന്നോട് പറഞ്ഞാൽ നമുക്കൊരു കിണറില്ലാത്തതിന്റെ കുഴപ്പമെന്ന് നമുക്ക് കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തന്നെ കുറച്ച് വെള്ളം കോഴി ഒഴിക്കായിരുന്നു തോന്നുന്നു അപ്പൊ വീട് കത്തുമ്പോഴാണ് അയാൾക്ക് എന്ത് ഒഴിക്കേണ്ടി വരുന്നത് ഹേമ ഇല്ലേ ഇതുപോലെയാണ് ട്രാജഡി വന്നിട്ട് നമ്മൾ അതിനെ പരിഹരിക്കാൻ ക്ഷേത്രത്തിലോ സൽസംഗത്തിലോ ഓടിയിട്ട് കാര്യമില്ല നേരത്തെ തന്നെ സൽസംഗങ്ങളിലൂടെ നേടിയെടുത്തു കഴിഞ്ഞാൽ പണ്ടുള്ളവർ പറയില്ലേ സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആ അപ്പ കഴിക്കാം ഇത് ആപത്തുകാലത്താണ് പത്ത് ഇത് വെക്കാൻ പോണത് ഇനി എപ്പോഴാണ് കിട്ടുക ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും ഉള്ളപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇല്ലാത്ത സമയത്ത് ഇൻട്രസ്റ്റ് മേടിക്കാം